മണ്ടുക്കി ഉപംശത്വം മണ്ടുക്കി വിംശത്ത് അധർവ വേദക്കർമ്മ വിംശത്താണ് അതിന് ചാര്യരുടെ കരിക ഇതിനെ വിഭജിച്ച് നാല് പ്രകരണങ്ങളാക്കിയാണ് ഗുരുബാദാചാര്യരെ വ്യാഖ്യാനിച്ചത് ആഗമപ്രകരണം പ്രമാണ പ്രധാനമായിട്ട് ദ്വൈതത്തിന് സ്ഥാപിക്കുന്നതിന് ശുതി പ്രമാണത്തെ അവലംബിച്ചിട്ടുണ്ട് അതിന് പ്രാധാന്യം കൊടുത്തിട്ടുള്ളതാണ് നാഗമപ്രകരണം രണ്ടാമത് വരുന്നത് വൈദഗ്ധ്യ പ്രകടനം അദ്വൈതം സമ്മർദ്ദിക്കുന്നതിന് പ്രപഞ്ച മിഥ്യാത്വം അത് സമൃദ്ധിക്കണം പ്രപഞ്ച മിഥ്യാത്വത്തെ സമ്മർദ്ദിക്കുന്നതിനുള്ള വൈദഗ്ധ്യ പ്രകടനം അത് കഴിഞ്ഞ് അദ്വൈതപ്രകടനം നമ്മുടെ അദ്വൈതത്തെ ഉറപ്പിക്കുന്നു അതിനെതിരായുള്ള യുക്തികളെല്ലാം നിഷേധിച്ചുകൊണ്ട് അവസാനം അലാധശാന്തി പ്രകടനം പ്രപഞ്ചപ്രതീതി വട്ടം ചുറ്റുന്ന തീക്കൊള്ളി പോലെയാണ് വാസ്തവത്തിൽ ഇതൊരു ഭാനം മാത്രമാണ് പ്രപഞ്ചം സത്യമല്ല ഈ തരത്തിലവിടെ വിശദീകരിക്കുന്നു അതും പ്രപഞ്ചം സത്യമല്ല നിർഗുണബ്രഹ്മം മാത്രമാണ് സത്യം അതാണ് ഇതിന്റെ ചുരുക്കം അപ്പൊ അത് ഉപനിഷത്ത് നിന്നും വിശദീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കാരിക ഗൂഢപാദാചാര്യന് രചിച്ച മാണ്ഡൂകാരിക എന്ന് പേരിൽ അത് പ്രസിദ്ധവുമാണ് ഭാഷ്യകാരൻ ആചാര്യസ്വാമികൾ ഉപനിഷത്തിനും കരികയ്ക്കും ഭാഷയുടെ അതുകൊണ്ട് ഭാഷ്യവും വളരെ വിപുലമാണ് അതിൽ ഉപനിഷത്ത് ഭാഷ്യം പ്രത്യേകിച്ചും വളരെ ശ്രദ്ധേയമാണ് വളരെ ഗംഭീരമാണ് ഉപനിഷത്തിന്റെ ആശയങ്ങളെ വളരെ ഗഹനമായ രീതിയിൽ ഉപനിഷത് ഭാഷയത്തിൽ വിശദീകരിക്കുന്നുണ്ട് അദ്വൈതത്തെ ഇത്രയും വ്യക്തമായി ഗഹനമായി വിശദീകരിക്കുന്ന മറ്റൊരു ഭാഷയുമില്ല കാരികളിൽ മണ്ഡിക്യകാരികളിൽ തന്നെ ആശയം സ്പഷ്ടമാണ് അതുകൊണ്ട് അതിന്റെ ഭാഷ്യം കൂടുതൽ വിശദീകരണങ്ങളുടെ ആവശ്യം വന്നിട്ടില്ല അത് താരിഖകളുടെ ഒരു വ്യാഖ്യാനം പോലെയുണ്ട് വിശുദ്ധപനിഷത്ത് ഭാഷയങ്ങനെയല്ല അത് വളരെ വിശദമായി എന്നാൽ ഗഹനമായി അദ്വൈതത്വത്തെ പ്രകടമാക്കുന്നത് അദ്വൈതം എന്ന ആശയം തന്നെ മുഖ്യമായിട്ടും ഈ മണ്ടൂക്കി ഉപനിഷത്തിൽ നിന്നാണ് ഭക്ഷ്യതാരൻ വിശദീകരിച്ചത് എന്നാണ് പലരും പറയുന്നത് ജീവിതത്തിന് അനുകൂലമായി ഏറ്റവും കൂടുതൽ ആശയങ്ങളടങ്ങിയിരിക്കുന്നത് ഈ മന്ത്രങ്ങളിലാണ് മണ്ഡൂത്യുപനിഷത്തിന് പന്ത്രണ്ട് മന്ത്രങ്ങളിലാണ് ഇത് ആകാരം കൊണ്ട് ഇത് ചെറുതാണെങ്കിലും അദ്വൈതത്തെ സംബന്ധിച്ചിടത്തോളം ആശയം കൊണ്ട് ഇത് വളരെ വലുതാണ് അതുകൊണ്ടാണ് കാരികയ്ക്കുകൂടി ഭാഷ്യകാരൻ വ്യാഖ്യാനം ഭാഷ്യകാരേതാണ് വ്യാഖ്യാനം എന്നും വിശ്വസിക്കുന്നു കാര്യം ചില പ്രത്യേകതകളുമുണ്ട് മറ്റു ഭാഷകളിലൊന്നും ഭാഷകാരൻ മംഗളാചരണായിട്ട് പ്രത്യേകിച്ച് ഒന്നും എഴുതിയിട്ടില്ല ഇവിടെ അങ്ങനെ എന്നാൽ അതിന്റെ തുടക്കത്തിലും ഒടുക്കത്തിലും ഭാഷ്യകാരൻ മംഗളാചരണം ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ മംഗളരൂപത്തിൽ ശ്ലോകങ്ങൾ എഴുതിയിട്ടുണ്ട് അത് ഈ വൻഷത്തിന് മാത്രമുള്ള ഒരു പ്രത്യേകത ബ്രഹ്മസൂത്ര ഭാഷ്യത്തിൽ പോലും ചെയ്തിട്ടുണ്ട് ഇവിടെ മംഗളാചരണം ശ്ലോകരൂപത്തിൽ എഴുതിയിട്ടുണ്ട് ബ്രഹ്മത്തിന്റെ പാദങ്ങളെ ഓങ്കാരത്തിന്റെ പാദങ്ങളോട് അഭിദമായി പ്രതിപാദിക്കുന്നു അതിൻ്റെ ഒരു പ്രത്യേകതയാണ് മന്ത്രത്തിനും ഭാഷയത്തിനും അത് വിശദമാക്കുന്നുണ്ടും ഇപ്പോൾ അത് വിശദീകരിക്കേണ്ട കാര്യമില്ല അകാരോകാര മകാരെന്ന് പറയുന്ന ഓങ്കാരമാത്രകൾ അമാത്ര അതിനോട് ്രഹ്മത്തെയും വർണ്ണിക്കുന്നു എന്ന് പറയുന്ന ആ കാഴ്ചപ്പാട് തന്നെ മുഖ്യമായിട്ടും യുവംശത്തിൽ നിന്ന് വന്നു നിർഗുണബ്രഹ്മം എന്നാണ് നമ്മുടെ ഭാഷകാരം പറയുന്നത് ആ നിർഗുണബ്രഹ്മത്തെ തുര്യ രൂപത്തിനും ഇവിടെയാണ് അവതാരം അവതരിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ അമാത്ര എന്ന് പറഞ്ഞ് നിർഗുണ ബ്രഹ്മത്തെ നിർദ്ദേശിക്കുന്നത് കൊണ്ട് നിർഗുണ ബ്രഹ്മം എന്ന് പറയുന്ന ഒരു തത്വത്തിൽ അതിനകത്ത് അത്ര ഒരാശയത്തെ ഭാഷകാരന് വളരെ വിശദമായി പ്രതിപാദിക്കുന്നതിന് യൂവൻഷത്ത് തന്നെയാണ് മുഖ്യമായ അവലംബമായി തുടരുന്നത് പ്രപഞ്ചവിഖ്യാത്വം അതിനുവേണ്ടി ഭാഷ്യകാരൻ സാധാരണ പറയാറുള്ള ദൃഷ്ടാന്ത രജസർപ്പം രജുസർപ്പം കൂടുതൽ വരുന്നത് യൂവൻഷത്തിലാണ് ഇതൊരു നിറയെ നിങ്ങളദ്വൈതത്തിന് അതുകൊണ്ട് ഇവിടെ ഇത് കേൾക്കാനിരിക്കുന്ന ഒരു രജസർപ്പല്ലാതെ മറ്റൊന്നും പ്രതീക്ഷിക്കരുത് അത് പ്രതീക്ഷിച്ചിരിക്കേണ്ട നിരാശയായിരിക്കും ഫലം മറ്റൊന്നിനു സ്ഥാനമില്ല അതുകൊണ്ടുതന്നെ ഇതിന്റെ വ്യാഖ്യാനത്തിൽ ഭാഷത്തിന്റെ വ്യാഖ്യാനം ആനന്ദഗിരി വ്യാഖ്യാനത്തിൽ കുറയും ശരിക്കും ഇതിനൊരു ശാസ്ത്രം എന്നുപോലും പറയാൻ കഴിയത്തില്ല ശാസ്ത്രം എന്ന് പറയുന്നതിന്റെ പൂർണമായ അർത്ഥത്തെ ശാസ്ത്രം എന്ന് പറയുന്നതിന്റെ സാങ്കേതിക അർത്ഥം അതിവിടെ ആനന്ദഗിരി പറയുന്നുണ്ട് ഏക പ്രയോജന ഉപനിബദ്ധം അശേഷാർത്ഥ പ്രതിപാദഗംധി ശാസ്ത്രം എന്റെ ആനന്ദഗിരി വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട് അതിൻ്റെ ഒരു സാങ്കേതികമായ ഒരു വിശദീകരണമാണ് അത്തരത്തിൽ ഇതിനൊരു ശാസ്ത്രം എന്ന് പോലും പറയാൻ കഴിയത്തില്ല പറഞ്ഞാൽ എന്താണ് ഏക പ്രയോജന ഉപനിബദ്ധം ഒരു മുഖ്യമായ പ്രയോജനം അതിനെ പ്രതിപാദനം ചെയ്യുന്നതായിരിക്കണം എന്നാൽ ആ പ്രയോജനത്തിന് വേണ്ടിയുള്ള സർവ്വ വിഷയങ്ങളെയും ചർച്ച ചെയ്യുന്നതുമായിരിക്കും എന്നാലേ അതിന് ശാസ്ത്രമൊന്ന് വിളിക്കാൻ പറ്റും ഇവിടെ ഏകപ്രയോജനം അത് സ്പഷ്ടമാണ് ആധ്യാത്മിക ശാസ്ത്രത്തിന്റെ പ്രയോജനം മോക്ഷമാണ് അവരുടെ ഏക പ്രയോജനം എന്ന് പറയുന്ന ആംശം യോജിക്കുന്നുണ്ട് മോക്ഷമാകുന്ന പ്രയോജനത്തോടുകൂടിയാണ് മോക്ഷമാണ് ഇതിന്റെ പ്രയോജനം ഇവിടെ ആനന്ദം പിന്നീട് പറയും വേദാന്ത അതാണ് അദ്വൈതികൾ മോക്ഷത്തിന് ഉപായമായി നിർദ്ദേശിക്കുന്നത് അതിനിത് സഹായിക്കുന്നു വേദാന്ത വിചാരത്തിന് എന്ന് പറയുമ്പോൾ അത് അദ്വൈത വേദാന്തം എന്ന് പറഞ്ഞാൽ ഏത് ആശയമാകും പക്ഷേ അദ്വൈത വിചാരമായിരിക്കും അദ്വൈത വിചാരമാണ് മോക്ഷത്തിനുപയോഗം മുഖ്യപ്രയോജനം എന്ന് പറയുന്നത് എന്താണോ മോക്ഷം തന്നെ അതിനുവേണ്ടിയുള്ള അശേഷാർത്ഥ പ്രതിപാദം എല്ലാ വിഷയങ്ങളെയും ചർച്ച ചെയ്യുന്നു അതിവിടെയില്ല മോക്ഷത്തിനുപയോഗിയായിട്ടുള്ള എല്ലാ വിഷയങ്ങളും ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ട് മോക്ഷത്തിനുപയോഗി ചർച്ച ചെയ്യാത്ത വിഷയങ്ങൾ ഏതൊക്കെയാണ് ശ്രീമദ് ഭഗവത്ഗീതയിൽ നമ്മൾ ചർച്ച ചെയ്ത നാനാവിഷയങ്ങൾ കർമ്മയോഗം പലതരത്തിലുള്ള ഭക്തികൾ പലതരത്തിലുള്ള യോഗങ്ങൾ സാധനാ മാർഗങ്ങൾ ഇതിനൊന്നും ഇവിടെ യാതൊരു സ്ഥാനവും അതുകൊണ്ട് തന്നെ ഇതിനെ അദ്വൈതശാസ്ത്രം എന്ന് പറയാൻ പറ്റത്തില്ല സാധാരണ ശാരീരക ശാസ്ത്രം എന്ന് പറയും അദ്വൈതത്തിൽ മുഖ്യമായി ബ്രഹ്മസൂത്രം അതൊരു ശാസ്ത്രമാണ് കണ്ണ അതിനകത്ത് പല വിഷയങ്ങളെക്കുറിച്ച് അവിടെ ചർച്ച ചെയ്യുന്നുണ്ട് കർമ്മങ്ങളെക്കുറിച്ച് ഉപാസനകളെക്കുറിച്ചും ഫലം സാധന അവരോധം തുടങ്ങി പല വിഷയങ്ങളും അവിടെ ചർച്ച ചെയ്യുന്നുണ്ട് അത്തരം കാര്യങ്ങളൊന്നും ഇവിടെ ചർച്ച ചെയ്യുന്നില്ല അതുകൊണ്ട് നമ്മൾ രസകരങ്ങളായ അത്തരം വിഷയങ്ങളൊന്നും ഇവിടെ പ്രതീക്ഷിക്കരുത് ഇത് കടുത്ത വേദാന്തമാണ് അല്ലെങ്കിൽ മുറട്ട് വേദാന്തമാണെന്ന് വേണമെങ്കിൽ പറയാം യാതൊരു ദയവുമില്ലാത്ത വേദാന്തവും അത് കേട്ടാൽ റക്കം വരാത്തവർ മാത്രം ഇവിടെ ഇരുന്നാൽ മതി അല്ലെങ്കിൽ ഉറങ്ങിട്ടാത്തൊരു കാര്യമുണ്ട് കാരണം അതിന്റെ പ്രതിപാദന രീതിയുടെ പ്രത്യേകതയാണ് അതുകൊണ്ട് ഞാനെന്തെങ്കിലും പറയുന്നത് ഇതിനൊരു ശാസ്ത്രമെന്ന് തന്നെ പറയാൻ പറ്റുന്നത് ഒറ്റ വിഷയമേ പറയുന്നു ബ്രഹ്മസത്യം ജഗത്മിക്ക അതിൽ വെള്ളം ചേർത്ത് മറ്റെന്തെങ്കിലുമൊന്നും പറയാൻ ഒരു പഴുതുപോലും ഇനിയില്ല എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഞാൻ കലർത്തി പറഞ്ഞു ഭഗവത്ഗീത പോലെയുള്ള ഒരു അഭ്യാസം ഇനിയും നടക്കത്തില്ല അതുമാത്രേ പറയുന്നത് അതുകൊണ്ട് തന്നെ പറയുന്ന ഇതൊരു പ്രകരണമാണ് എന്ന് പറയുന്നു ആനന്ദഗിരിയുടെ അഭിപ്രായമാണ് എന്റെ അഭിപ്രായമാണ് സാങ്കരഭാഷയത്തിന്റെ പ്രധാന വ്യാഖ്യാതാവാണ് ആനന്ദഗിരി അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ പ്രകടനം എന്ന് പറയുമ്പോൾ ശാസ്ത്രേകദേശ സംബന്ധം ശാസ്ത്രകാര്യാന്തരീക്ഷം ഒരു ശാസ്ത്രത്തിന്റെ ഒരു വിഷയത്തെ മുഖ്യമായി പ്രതിപാദനം ചെയ്യുക അതിനു വേണ്ടി വരുന്ന മറ്റു കാര്യങ്ങളും പറയുക ആ ഒരു മുഖ്യമായ വിഷയത്തിന് വേണ്ടി അതാണ് പ്രകടനത്തിന്റെ പ്രത്യേകത ശാസ്ത്രമെന്ന് പറയുമ്പോൾ അങ്ങനെയല്ല ഒരു മുഖ്യമായ പ്രയോജനം കാണും ആ പ്രയോജനത്തിന് വേണ്ട എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യും ഗീത ശാസ്ത്രമാണ് ഇവിടെ എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യും മോക്ഷ ഉപയോഗിയായിട്ടു ഇവിടെ അങ്ങനെ എന്ന് വിചാരിച്ച ഭാഷകാരന് ഇതിന് ശാസ്ത്രം എന്നുള്ള ശബ്ദമൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ശാസ്ത്രം ഒന്ന് പലയിടത്തും പറയുന്നുണ്ട് ശാസ്ത്രം ഒന്ന് പറയുന്നതും അതിന്റെ മുഖ്യമായ അർത്ഥത്തിലല്ല പ്രകടനം എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ ശാസ്ത്ര ഏകദേശം സംബന്ധിച്ചും ശാസ്ത്ര ഏകദേശം എന്ന് പറയുമ്പോൾ ശാസ്ത്രത്തിലെ ഒരു വിഷയം എന്താണോ മുഖ്യമായ ഒരു വിഷയം നിർഗുണബ്രഹ്മം അദ്വീതികളെ സംബന്ധിച്ചിടത്തോളം നിർഗുണബ്രഹ്മം ആ നിർഗുണ ബ്രഹ്മത്തെ മാത്രമേ ഇവിടെ പ്രതിപാദിക്കുന്നു അതിനു വേണ്ടി വരുന്ന മറ്റ് കാര്യങ്ങൾ മായ സിദ്ധാന്തം അജാതവാദം തുടങ്ങിയ കാര്യങ്ങൾ അതാണ് ശാസ്ത്രം സംബന്ധം ശാസ്ത്രം കാര്യാന്തരീ സ്ഥിതി മാത്രം ചർച്ച ചെയ്യൂ അപ്പം അതിനോട് അതിൽ അഭിരുചിയുള്ളവർക്ക് അതിനോട് ഇഷ്ടം തോന്നുന്നവർക്ക് ഇത് രസകരമായി തോന്നും അവർക്ക് ഇത് വളരെ രസകരമായി അതിനുള്ള വാസന ഇല്ലാത്തവർക്ക് അതിനോടൊരിഷ്ടം തോന്നാത്തവർക്ക് ഇത് വളരെ മോഷിപ്പനായിരിക്കും ഈ സമയത്ത് ഇവിടുത്തെ ആദ്യമേ പറയുന്നത് ദിവസാനം എന്റെ പോരായ്മയാണെന്ന് പറഞ്ഞ് എന്റെ തലയിൽ കിട്ടിവെക്കുന്നു വിഷയത്തിന്റെ ഒരു രീതിയാണ് അത് അതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഇവിടെ ചർച്ച ചെയ്യുന്നതിന് ഞാനൊന്നും മടിച്ച് ഇതിവിടെ ആവശ്യമുണ്ടോ ഞാൻ ഒഴിഞ്ഞു മാറി എന്നാലും ചിലരുടെ നിർബന്ധം അല്ല ഇതിനു പറ്റിയ ആൾക്കാർ ഇവിടെ ധാരാളം ഉണ്ടെന്നാണ് പറയുന്നത് കണ്ടറിയാം നമുക്ക് കാത്തിരുന്ന് കാണാം എത്ര പേരുണ്ടോ എന്തായാലും നോക്കാം നിർഗുണ ബ്രഹ്മത്തിനോട് പ്രേമുള്ള എത്ര പേർ ഇവിടെ ഉണ്ടെന്ന് നമുക്ക് പന്ത്രണ്ട് ദിവസത്തിനകം തന്നെ മനസ്സിലായി നിർഗുണം നീണ്ടുപോകേണ്ട ആവശ്യം വരത്തില്ല അതാണപ്പോൾ ഇതിന്റെ വിഷയം അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം അപ്പൊ ഇതിന്റെ മറ്റു കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കരുത് നമ്മളെ രസിപ്പിക്കാൻ വേണ്ടി പറയേണ്ട കാര്യങ്ങളൊന്നും ഇതിനകത്തില്ല അദ്വൈതത്തെക്കുറിച്ച് പറയുമ്പോൾ പ്രധാനമായും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവിടെ ഭാഷിക്കാനും വേഗാതാക്കളും എല്ലാം പറയും ഇതിന്റെ പ്രയോജനം മോക്ഷം അതിന്റെ ഉപായം വേദാന്ത വേദാന്തം എന്ന് പറഞ്ഞാൽ ഉപനിഷത്ത് ഭാഷ്യവും കരികയും അതിന്റെ വ്യാഖ്യാനമെല്ലാം ചെയ്യുന്നതെന്താണോ ഇത് വിചാരാത്മകമാണെന്നു വെച്ചാൽ വിചാരമാണ് ഇവിടെ നടത്തുന്നത് വേദാന്ത വിചാരമാണ് നടത്തുന്നത് അദ്വൈത വിചാരമാണ് നടത്തുന്നത് അല്ലെങ്കിൽ നിർഗുണബ്രഹ്മത്തെക്കുറിച്ചുള്ള വിചാരമാണ് ഇവിടെ നടത്തുന്നത് വിചാരമെന്ന് പറയുമ്പോൾ അത് ആശയത്തിന്റെ തലമാണ് ുദ്ധിയുടെ സങ്കൽപ്പത്തിന്റെ ഒരു തലമാണ് അപ്പം നമ്മൾ ഇതിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് ആശയത്തിന്റെ സങ്കൽപ്പത്തിന്റെ തലത്തിൽ നിന്നുകൊണ്ട് ഇതിനെ ഉൾക്കൊള്ളാനേ പറ്റും അങ്ങനെ മനസ്സിലാക്കാനേ പറ്റും അത് കേവലം ഒരു ഉപായം മാത്രമാണ് ആശയത്തിന്റെ തലത്തിൽ ഇതിനെ ഉൾക്കൊള്ളുക പക്ഷെ ഇതിനപ്പുറം ഇതിന്റെ അനുഭൂതിയുടെ ഒരു തലമുണ്ട് അതിനെ നമുക്ക് വിചാരമൊന്നോ അല്ലെങ്കിൽ സങ്കല്പമെന്നോ കേവലം ആശയങ്ങളെന്നോ പറയാൻ പറ്റത്തില്ല കേവലം ആശയങ്ങളെന്ന് പറയുമ്പോൾ ശബ്ദാത്മകമായ നമ്മുടെ സങ്കല്പങ്ങൾ നമ്മൾ നിർഗുണബ്രംഭത്തെക്കുറിച്ചായാലും പ്രപഞ്ച മിഥ്യാത്വത്തെക്കുറിച്ചായാലും റിയുന്നതും മനസ്സിലാക്കുന്നതും ചിന്തിക്കുന്നതുമെല്ലാം ശബ്ദാത്മകമായ ആശയങ്ങളായിട്ടാണ് അതിനു കേവലം ഉപായമായിട്ടാണ് പറയുന്നത് ഇതിൻ്റെ അവസാനമല്ല അജയസ്വാമികൾ ഇതിനെ അവതരിപ്പിക്കുന്നത് കേവലമൊരു ആശയത്തിന്റെ അല്ലെങ്കിൽ ശബ്ദാത്മകമായ വിചാരത്തിന്റെ തലത്തിൽ നിന്നുകൊണ്ടാണ് അതിനപ്പുറമുള്ള ഒരു അനുഭൂതിയുടെ തലത്തിൽ നമുക്ക് വിശ്വസിക്കാം അല്ലെങ്കിൽ നമുക്ക് സങ്കല്പിക്കാം അപ്പോൾ അതാണിതിന്റെ മുഖ്യമായ തലം നമ്മളിതിനെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുമ്പോൾ ചിന്തിക്കാൻ ശ്രമിക്കുമോ നമ്മളത് അംഗീകരിക്കുന്നു എന്താണോ നമ്മൾ നിൽക്കുന്നത് കേവലം ആശയത്തിന്റെ തലത്തിലാണ് അനുഭൂതിയുടെ തലത്തിലല്ല അവിടെ എത്തിച്ചേർന്നു അവിടെ എത്തിച്ചേരാൻ ഏതെങ്കിലും സുഹൃതികൾക്ക് കഴിഞ്ഞാൽ അത് ഗുരു കൃപ എന്ന് നമുക്ക് പറയാം അവിടെ എത്തിച്ചേരുക എന്നുള്ളതാണ് മുഖ്യം അതിനുപകരിക്കുന്നതായിരിക്കും ഈ ചർച്ച അതുകൊണ്ട് ഈ ചിന്ത അല്ലെങ്കിൽ ചർച്ച ഇത് അവസാനിക്കുന്നതല്ല ഇത് ഇതിന്റെ പൂർണ്ണതയല്ല അതിനപ്പുറം അതിന്റെ അനുഭൂതിയിലാണിത് പൂർണമാകുന്നത് അതിനുള്ള മാർഗനിർദ്ദേശമാണ് ഇവിടെ ഉപനിഷത്തും ആചാര്യന്മാരും ചെയ്യുന്നത് അത് നമ്മുടെ മനസ്സിൽ മുഖ്യമായിരിക്കേണ്ട കാര്യമാണ് വിപനിഷത്തെക്കുറിച്ച് പൊതുവായ കാര്യങ്ങളെല്ലാം മുമ്പ് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് ഇതിൽ അതിന് വിശേഷമായിട്ട് വരുന്നത് മണ്ഡുക്യ കാരികയാണ് കാരിക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ശ്ലോക രൂപത്തിലുള്ള വ്യാഖ്യാനം അതിനാണ് സംസ്കൃതത്തിൽ കാരിക എന്ന് പറയുന്നത് ഏതെങ്കിലും ഒന്നിനൊരു വ്യാഖ്യാനം എഴുതുമ്പോൾ അത് ശ്ലോകരൂപത്തിൽ എഴുതി കഴിഞ്ഞാൽ അതിനെ കാരിക എന്ന് പറയും അതൊരു സാങ്കേതികമായ ഒരു സപ്ഞയാണ് ഒരു പേരാണ് ആ കാരിക ശ്ലോകരൂപത്തിലുള്ള വ്യാഖ്യാനം അത് ഇതിന്റെ ഒരു പ്രത്യേകതയാണ് ഈ ഉപനിഷത്തിന്റെ പ്രത്യേകതയാണ് മറ്റു ചില വനിഷത്തുകൾക്കും ഇതുപോലെയുണ്ട് അതുപോലെ തന്നെ ബൃഹധാരത്തിന് വാർദ്ധകമുണ്ട് ശ്ലോക രൂപത്തിലുള്ള വാർത്തകം രണ്ടു തരത്തിലും വരാം ഗദ്യ രൂപത്തിലും വരാം പദ്യ രൂപത്തിലും വരാം തൈത്തര്യത്തിനും ശ്ലോക രൂപത്തിലുള്ള വ്യാഖ്യാനമുണ്ട് അതിനവിടെ വാർദ്ധികമെന്ന് പറയുന്നു പക്ഷെ വാർദ്ധികം എപ്പോഴും ശ്ലോകരൂപത്തിലായിരിക്കണം എന്നില്ല വ്യക്തിരൂപത്തിലുമാക്കാം പക്ഷെ കരിക എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല ശ്ലോകരൂപത്തിലുള്ള വ്യാഖ്യാനം അതും പറയുന്നതാണ് അല്പ അക്ഷരങ്ങളെ കൊണ്ട് വിശദമായ ആശയങ്ങളെ പ്രകടമാക്കുന്ന ശ്ലോകങ്ങൾ അതിനെയാണ് കരിക എന്ന് പറയുന്നത് അതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് അതുകൊണ്ട് ഇവിടെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് എന്താണ് നിർഗുണ ബ്രഹ്മത്തെക്കുറിച്ചുള്ള പ്രതിപാദനമാണ് അദ്വൈതത്തെക്കുറിച്ചുള്ള പ്രതിപാദനമാണ് അതിന്റെ വിചാരമാണ് ആ ഫലം ഇവിടെ തന്നെ പറയുന്നത് അദ്വൈത അനുഭൂതിയാണ് ആ അനുഭൂതിയാണ് മുക്തിക്ക് കാരണമായി ഇവിടെ നിർദ്ദേശിക്കുന്നത് അതിനുള്ളൊരു ഉപായം എന്നുള്ള നിലയ്ക്കാണ് ഈ വിചാരം ഈ വേദാന്ത പ്രകടനത്തെക്കുറിച്ചുള്ള വിചാരം എന്ന് ഞാൻ ഇതെല്ലാം മനസ്സിവെച്ചു കൊണ്ടുവേണം ഇതിലേക്ക് ഇത് അധർവേദീയ ഉപനിഷത്താണ് മതി ഇതിന്റെ ശാന്തിമന്ത്രം അതാണ് ആദ്യം കൊടുത്തിരിക്കുന്നത് ഭദ്രം കർണേഭിന്ന് പ്രസിദ്ധമായ ശാന്തിമന്ത്രമാണ് ഇതിന് കൊടുത്തിരിക്കുന്നത് അതൊന്ന് പാരായണം ചെയ്യാം ഭദ്രം കർണേഭി ശ്രുയാമദേവദ്രം പശ്ചേമ അക്ഷിഭർ യജത്രാഹ സ്ഥിരൈർ അംഗൈർ തുുവാൻ സൂ അത് പിരിച്ച് വായിക്കുന്ന ചില സ്ഥിരൈ അംഗൈ തുഷ്ടുവാൻ തനൂഭി േമ ദു സ്വസ് നന്ദ്രോ വൃദ്ധശ്രവാ സ്വസ്തി നോഷാ വിശ്വേദസ്തി നാർക്ഷോ അരിഷ്ടേമി സ്വസ്ഥിനോ ബൃഹസ് ഇത് നമ്മൾ സാറിന് ചേർത്ത് വായിക്കുമ്പോൾ പലരും തെറ്റിക്കാറുണ്ട് പലവിടത്തും അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിച്ചേർത്തി വായി അത് ശ്രദ്ധിക്കണം ഭദ്രം കർണേഭി ശ്രൂയാമദേ ഭദ്രം പശ്യേമാജത്രൈരംഗൈസ്തുഷ്ടംസ്തൂരിശേമഹിതം യു സ്വസ് ഇന്ദ്രോ വൃധശസ്രവാ സ്വസ്തി പൂഷാ വിശ്വേദ ദേവന്മാരെന്ന് പറയുന്നത് സംബോധനയാണ് അന്നയോ ദേവന്മാരെ ഞങ്ങൾ വയം കർണേഭി ഭദ്രം ശുയാമ ഇവിടെ അവസാനം പറയുന്നുണ്ട് യജത്രാഹ യാഗം ചെയ്യുന്നവരായ ഞങ്ങൾ കർണേഭി ഞങ്ങളെ ചെവികളെ കൊണ്ട് ഭദ്രം ഭദ്രമെന്നും സ്വസ്തി എന്നും എല്ലാം പറഞ്ഞാൽ മംഗളം എന്നുള്ള അർത്ഥത്തിൽ മംഗളകരമായവ കേൾക്കട്ടെ നിജത്രാഹ യജിക്കുന്നവരായ ഞങ്ങൾ യാഗമെന്നുള്ളതിന് മുഖ്യമായിട്ട് ദേവപൂജ എന്നുള്ള അർത്ഥമാണ് എന്നാൽ എല്ലാ സത്കർമ്മങ്ങളും എന്നുള്ള അർത്ഥവും അതിനുള്ളതാണ് യാഗ ശബ്ദത്തിന് ഈശ്വരപൂജ എന്നുള്ള അർത്ഥം അതിനുണ്ട് അങ്ങനെ സത്കർമ്മങ്ങൾ ചെയ്യുന്നവരായ ഞങ്ങൾ നല്ലത് കേൾക്കാൻ ഇടവരട്ടെ ശുഭം ഭദ്രമായതും മംഗളകരമായതും ഞങ്ങളുടെ ചെവികൾ കൊണ്ട് കേൾക്കാൻ ഇടവരട്ടെ നിങ്ങളുടെ ദേവത അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർമ്മത്തിന്റെ പുറം ആ കർമ്മം പൂർണമായി ആ കർമ്മത്തിൽ ദേവത പ്രീതനായി ആ ദേവതയുടെ അനുഗ്രഹം ആ കർമ്മം ചെയ്യുന്നവനുണ്ടാകട്ടെ അത് സർവാത്മനായുള്ള അനുഗ്രഹം എല്ലാ രൂപത്തിലും പഞ്ചേന്ദ്രിയങ്ങളിലൂടെയും അനുഭവിക്കുന്നതും അനുഗ്രഹ രൂപത്തിലാകട്ടെ അതോടെ പറയുന്നു കേൾക്കുന്നത് മംഗളകരമായിരിക്കട്ടെ ആധ്യാത്മികമായ സന്ദർഭത്തിലാണെങ്കിൽ ആധ്യാത്മികമായി ചെയ്യുന്ന എല്ലാ സാധനങ്ങളും നന്മയെ മാത്രം നൽകട്ടെ എന്നാണ് ഒരു ഇന്ദ്രിയത്തെ പ്രത്യേകം എടുത്ത് കേൾക്കുന്നത് മംഗളകരമായിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അടുത്ത് പറയും കാണുന്നത് ശോഭനമായിരിക്കട്ടെ സർവേന്ദ്രിയങ്ങളിലൂടെയും മനസ്സിലൂടെയും ഗ്രഹിക്കുന്നതെല്ലാം ശ്രേയസിന് പ്രദാനം ചെയ്യട്ടെ എല്ലാം ഫലവുമായി മോക്ഷത്തിനുപകരിക്കട്ടെ എന്ന ആധ്യാത്മികമായ സന്ദർഭത്ത് ചിന്തിക്കാം സർവത്ര ഭദ്രം ആയിരിക്കട്ടെ അനിഷ്ടങ്ങൾ വിഘ്നങ്ങൾ അതെല്ലാം ഒഴിവാകട്ടെ അതിന് പരമാത്മാ ജഗതീശ്വരൻ അനുഗ്രഹിക്കട്ടെ ഇത് ഉപനിഷദ് വിചാരത്തിന്റെ അല്ലെങ്കിൽ ആധ്യാത്മിക വിചാരത്തിന്റെ സന്ദർഭത്തിലാണെങ്കിലോ ഇവിടെ ശ്രുതി മന്ത്രങ്ങളാണ് ശ്രവിക്കുന്നത് ആ ശ്രവിക്കുന്ന മന്ത്രങ്ങൾ ആ ശ്രോതാവിൽ ഫലവത്തായി തീരണം അത് ഫലവത്തായിത്തീരണമെങ്കിൽ പ്രധാനമായി ഗുരുവിന്റെ അനുഗ്രഹം വേണം ഈശ്വരന്റെ അനുഗ്രഹം വേണം ഋഷിമാരുടെ അനുഗ്രഹം വേണം അപ്പോൾ അതിനെല്ലാം വേണ്ടി പ്രാർത്ഥിക്കണം ദേവാഹ ആ സംബോധന എല്ലാവർക്കും യോജിക്കുന്ന ഗുരുവിനും രക്ഷിക്കും പരമാത്മാവിനുമെല്ലാം യോജിക്കുന്ന അങ്ങനെ ഈ ശ്രവണ മനനങ്ങൾ ഫലവത്തായി തീരട്ടെ മുഖർനേഭി ശ്രമിക്കുന്നത് എന്ന ആധ്യാത്മിക സന്ദർഭത്തിൽ നമുക്ക് മനസ്സിലാക്കാം അങ്ങനെ ഒരു അർത്ഥനയില്ലാതെ കേവലം ബുദ്ധി വ്യായാമം കൊണ്ട് മാത്രം ഇതിന്റെ പരമമായ പ്രയോജനം നേടാൻ സാധ്യമല്ല എന്നുകൂടെ ഉപനിഷത്ത് തന്നെ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ് പറഞ്ഞല്ലോ ഇത് വിചാരത്തിൽ നിന്നാൽ പോരാ അത് അനുഭൂതിയുടെ തലത്തിലെത്തണം എത്തണമെങ്കിൽ ദേവന്മാരുടെ അനുഗ്രഹം വേണം അതുകൊണ്ട് പറയുന്നു ഇത് ഭദ്രമായി തീരട്ടെ ആത്യന്തികമായ ഭദ്രം മംഗളം കല്യാണം എന്ന് പറയുന്നത് എന്താണ് ജീവന്റെ മോചനം തന്നെ അതുവരെ സംഭവിക്കണേ ഇതുകൊണ്ട് വിപംശ ശ്രവണം കൊണ്ട് അതിനുവേണ്ടി ഇവിടെ എല്ലാ ദേവന്മാരോടും ഇവിടെ എന്താണ് ഇവിടെ പ്രാർത്ഥിക്കുന്നവന്റെ മനസ്സിൽ വരുന്ന എല്ലാ ദേവന്മാരും പ്രാർത്ഥിക്കും ആണ് ദേവാഹത്രാഹ അതെല്ലാത്തിനോടും ചേർക്കാം മുമ്പുള്ള ഭാഗങ്ങളോടും പിന്നീട് വരുന്ന ഭാഗങ്ങളോടും ചേർക്കാം കർണേ ഭീ ഭദ്രം ശ്രീയാമ മംഗളകരമായത് കേൾക്കട്ടെ അതോടൊന്ന് പറയുന്ന എന്താണ് അക്ഷിഭീ ഭദ്രം പശ്ചിയോ കണ്ണുകൊണ്ട് മംഗളം കാണട്ടെ അതും ഇവിടെ ഏചിക്കുന്നവനെ കുറിച്ച് പറയുകയാണ് അനുഷ്ഠാതാവാണ് ഏചിക്കുന്നവനെന്ന് പറയുന്നു അനുഷ്ഠാനം ചെയ്യുന്നവൻ അതീ ഇതുമായി ബന്ധപ്പെട്ടു ഇവിടെ വിശേഷിച്ചും ഈ ഉപനിഷത്തിൽ പറഞ്ഞു എന്താണോ ഇത് കേവലം ആ നിർഗുണബരുമത്തെക്കുറിച്ച് മാത്രമേ പറയുന്നു അപ്പൊ ഏജിക്കുന്നവനെന്ന് പറയുമ്പോൾ ഇവിടെ കർമ്മവുമായിട്ട് യാതൊരു ബന്ധവുമില്ല സകാമകർമ്മമോ നിഷ്കാമകർമ്മമോ ഒന്നും ഇവിടെ വിഷയമേ അല്ല എന്നാലും അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ് യജത്രാഹചിക്കുന്നവൻ ഈ യജനത്തെക്കുറിച്ച് ഉപനിഷത്തുകളിലും പുരാണങ്ങളിൽ പോലും പലയിടത്തും മഹാഭാരതത്തിലും എല്ലാം യചിക്കുന്നവനെ കുറിച്ച് പറയുന്നു യചിക്കുന്നവൻ എന്ന് മുഖ്യമായ ഹോതാവ് യാഗം ചെയ്യുന്നവന് പരമാർത്ഥത്തിൽ ഈ ജീവൻ തന്നെയെന്ന് പറയുന്നു യാഗത്തിലുണ്ട് ഗോതാവ് അദ്ധരി ഇങ്ങനെയൊക്കെ പറഞ്ഞ് പ്രത്യേകം പ്രത്യേകം ആൾക്കാരുണ്ട് പക്ഷെ ആധ്യാത്മികമായ സന്ദർഭത്തിൽ അവിടെ വ്യജനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ജീവനാണ് ഈ ശരീരത്തിന്റെ ഉള്ളിലിരുന്ന് നിരന്തര ഒരു യാഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ യാഗത്തിന്റെ ഉപകരണങ്ങളെല്ലാം ആ ജീവനോട് ചേർന്ന് തന്നെ ഉണ്ട് അത് ബാഹ്യമായ ഉപകരണങ്ങളെന്നും ആവശ്യമില്ല ആ ജീവൻ സ്ഥിതി ചെയ്യുന്ന ആ ശരീരം ഇന്ദ്രിയങ്ങൾ മനസ്സ് ഇവയെല്ലാം ഉപയോഗിച്ചിട്ട് നിരന്തരയാഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പലതരത്തിൽ പറയും ഒന്ന് പറയുന്നെന്താണ് ഇന്ദ്രിയങ്ങളാകുന്ന അഗ്നിയും വിഷയങ്ങളാകുന്ന ഹവിസിന് അർപ്പിക്കുന്നു ഉപനിഷത്തുകളിൽ പറയുന്ന അതാണ് വാസ്തവത്തിൽ സദാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ശബ്ദസ്പർശ രൂപ ഗന്ധത്തിലുള്ള ഈ വിഷയങ്ങളെ ിയങ്ങൾ ജ്ഞാനരൂപത്തിലുള്ള പ്രകാശമയങ്ങളായ ഇന്ദ്രിയങ്ങൾ ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു ഇതാണ് യാഗം യാഗത്തിൽ എന്ത് ചെയ്യുന്നു അഗ്നിയിൽ ഹവിസിനെ അർപ്പിക്കും ജീവയാഗത്തിൽ ഉള്ളിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ഈ അഗ്നിയിൽ ഈ സദാ എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എരിഞ്ഞടങ്ങിക്കൊണ്ടിരിക്കുകയാണ് പലതരത്തിലുള്ള ഹവിതകൾ ശബ്ദസ്പർശ രൂപ എല്ലാം ചെന്ന് ചേരുന്ന ഇവിടെ ജ്ഞാന രൂപത്തിലുള്ള അഗ്നി ഇതൊരു യാഗമാണ് ജീവയാഗം ഇപ്പൊ യാഗമെന്ന് പറയുമ്പോൾ കർമ്മപ്രകടനത്തിൽ അഗ്നിഹോത്രവും മറ്റു ആണെങ്കിലും ഉപനിഷത്തിന്റെ പ്രകടനത്തിൽ വരുമ്പോൾ ജീവന്റെ യാഗമാണ് ആ യാഗം മെച്ചപ്പെട്ട രീതിയിൽ ചെയ്യുന്നു ുണ്ട് ഹവിസ് വിഷയങ്ങളാണ് മുഖ്യമായൊരു ഹവിസാണ് യാഗത്തിൽ ഉപയോഗിക്കുന്ന ഹവിസാണ് ധൃതം അത് ജീവനിൽ സദാ സമർപ്പിച്ചുകൊണ്ടിരിക്കുന്നു ആന്തരികമായ അഹന്തയും മറ്റും സദാ ഈ അഗ്നിയിൽ ദഹിച്ചുകൊണ്ടിരിക്കുന്നു ഇത്തരത്തിലെല്ലാം യാഗസങ്കല്പങ്ങൾ ആധ്യാത്മിക പ്രകടനത്തിൽ വൻഷത്തുകളിലും മറ്റു ആധ്യാത്മിക ശാസ്ത്രങ്ങളിലും എല്ലാം പറയുന്നു അപ്പോൾ അതിനെ എടുത്തു കഴിഞ്ഞാലും ഇവിടെ യാഗം ചെയ്യുന്നവനെന്ന് പറയുമ്പോൾ സാധാരണത്ഥം എടുക്കേണ്ട കാര്യമില്ല ജീവന്മാരെല്ലാവരും ഇവിടെ പറയുന്ന രജത്ര യാഗം ചെയ്യുന്നവരാണ് അവരിലെല്ലാം സദാ നടന്നുകൊണ്ടിരിക്കുന്നു ആ യാഗം മംഗളകരമായിരിക്കണം എന്നുവച്ചാൽ പരമമായ മംഗളത്വം നൽകുന്നതിന് ഉപകരിക്കുന്നതായിരിക്കണം ആ യാഗം നിർവിഘ്നമായി മുന്നോട്ടു പോകണം നിർവിഘ്നമായി പരിസമാപിക്കണം അതിനെന്ത് വേണം അതാണ് അടുത്ത് പറയുന്നത് സ്ഥിരൈഹി അങ്കേഹി തുഷ്ടുവാൻ തനൂഭി സ്തുതിക്കുന്നവരായ നേരത്തെ പറഞ്ഞ യജത്രീ യജിതാക്കൾ യാഗം ചെയ്യുന്നവർ സ്ഥിരമായ അംഗങ്ങളോടുകൂടി വ്യതിചരിക്കാത്ത അംഗങ്ങളോടുകൂടി വിശേഷം ആധ്യാത്മിക മാർഗത്തിലാണെങ്കിലോ ഈ അംഗങ്ങൾ അവനെ ആ മാർഗത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കുന്നതാണ് സ്വയം അത് വ്യതിചലിക്കുന്നതുമാണ് അപ്പം വ്യതിചലിക്കാത്ത അംഗങ്ങളോടുകൂടി ഈ യാഗം പൂർത്തിയാക്കണം യാഗം പൂർത്തിയാകുന്ന എപ്പോഴാണ് അതിന്റെ ഫലപ്രാപ്തിയിലാണ് ഇവിടെ യാഗം ചെയ്ത് അവസാനിപ്പിച്ചതുകൊണ്ട് യാഗം പൂർത്തിയാകത്തില്ല യാഗപൂർത്തി എന്ന് പറയുന്നത് അതിൽ നിന്ന് പുണ്യമുണ്ടായി ആ പുണ്യത്തിൽ നിന്ന് ഫലമുണ്ടായി ആ ഫലത്തെ അവൻ അനുഭവിക്കുമ്പോഴാണ് യാഗം പൂർത്തിയാകുന്നത് കർമ്മം കർമ്മനിർവൃത്തി അത് യാഗപൂർത്തിയാണെന്ന് മീമാംസകനും പറയുന്നു അപ്പൊ ഇവിടത്തെ ഈ യാഗം ജീവന്റെ യാഗം അതിന്റെ പൂർത്തി എന്ന് പറയുന്നത് എന്താണ് ഈ യാഗം ഇങ്ങനെ സർവജീവന്മാരും അനിശ്ചയായി ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിരന്തരം അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണോ വിഷയങ്ങളാകുന്ന ഹബീസുകൾ ഇന്ദ്രിയങ്ങളാകുന്ന അഗ്നിയിൽ ഹോമിച്ചുകൊണ്ടും ഈ യാഗപനം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ആ ജീവന് കല്യാണം ഉണ്ടാകുന്നത് മറിച്ച് എന്ത് ചെയ്യണം അത് വ്യതിചലിക്കാതെ പൂർത്തിയാകും വ്യതിചലിക്കാതെ അതിൻ്റെ പൂർത്തീകരണം എന്ന് പറയുന്നത് എന്താണ് അതിന്റെ അത് ഫലപ്രാപ്തിയിലത് അതുകൊണ്ട് അതിൽ നിന്ന് വ്യതിചലനം സംഭവിക്കാത്ത സ്ഥിരങ്ങളായ അംഗങ്ങളോടുകൂടി പറയുന്നു തുഷ്ടുവാൻ സ്തുതിക്കുന്നവരായി സ്തുതിച്ചുകൊണ്ട് ഞങ്ങൾ ഈ യാഗത്ത് ശരീരം കൊണ്ടും അംഗങ്ങളെ കൊണ്ടും ശരീരത്തിനും അംഗങ്ങൾക്കും അത് ഭൗതികമാണ് സ്വാഭാവികമായ പരിണാമങ്ങൾ അതിന് സംഭവിക്കും ബാല്യം യൗവനം വാർദ്ധക്യം തുടങ്ങിയെല്ലാം സംഭവിക്കും അതുകൊണ്ട് ശരീരത്തെ എന്നും ബലമുള്ളതാക്കി നിലനിർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നതിൻ്റെ അർത്ഥം അങ്ങനാർക്കും നിലനിർത്താൻ ഇനി ആരെങ്കിലും അത് തന്നെ അതുകൊണ്ട് വിശേഷിച്ച് പ്രയോജനമൊന്നും അതുകൊണ്ടിവിടെ സാധകൻ പ്രവർത്തിക്കുന്നത് എന്താണ് മാർഗഭ്രംശം വരുത്താതെ അതാണ് സ്ഥിരത എന്ന് പറയുന്നത് അത് യൗവനമായി കൊള്ളട്ടെ ബാല്യമായി കൊള്ളട്ടെ വാർദ്ധക്യമായിക്കൊള്ളട്ടെ പക്ഷെ നിന്നും മാർഗഭ്രംശം വരുത്താം അതാണ് അതിന്റെ ദൃഢത എന്ന് പറയുന്നത് ദൃഢങ്ങളായ അംഗങ്ങളെക്കൊണ്ട് ശരീരത്തെക്കൊണ്ട് സ്തുതിക്കുന്നവരായി ജീവിതം എങ്ങനെ പരിണമിക്കണം യത് ആയുഹു ആയുഹു തത് ദേവഹിതം വിശ്വസം ഈ ആയുസ് അങ്ങയുടെ ഹിതത്തിനായിക്കൊള്ളട്ടെ അതാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത് അപ്പോ ഇവിടെ മനസ്സിലായല്ലോ ഇവിടുത്തെ യാഗം എന്ന് പറയുന്നത് ഈ ആയുസിനെ സംബന്ധിക്കുന്ന യാഗമാണ് ബാഹ്യമായ യാഗമുണ്ട് ആ യാഗത്തിൽ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി മാത്രമുള്ളതുമുണ്ട് ഇവിടെ അവസാനം വന്നിരിക്കുന്ന ഇവിടെ വന്നിരിക്കുന്നു ആയുസെന്ന് പറയുന്ന എന്താണ് ജീവന്റെ നിലനിൽപ്പാണ് ആയുസ് അപ്പൊ തന്റെ അത് ഈശ്വരഹിതത്തിനായി തീരട്ടെ എന്നുവെച്ചാൽ തന്റെ കാമക്രോധങ്ങൾ തന്റെ അഹന്ത അതിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി അല്ലെങ്കിൽ അവയുടെ എല്ലാം നിലനിൽപ്പിന് വേണ്ടി ഉള്ളൊരു ജീവിതമായിരിക്കരുത് മറിച്ചത് ദേവഹിതത്തിനായിരിക്കണം ഈശ്വരന്റെ ഹിതത്തിനു വേണ്ടിയായിരിക്കണം ഈശ്വരൻ കാക്ഷിക്കുന്ന ജീവൻ രഹിതത്തിന് വേണ്ടിയായിരിക്കണം ഈശ്വരൻ കാക്ഷിക്കുന്ന ജീവൻ രഹിതം എന്താണ് ജീവൻ അർഹിക്കുന്ന ജീവന്റെ ഹിതമാണ് അവന്റെ കാമ പൂർത്തീകരണവും മറ്റ് അവൻ ആഗ്രഹിക്കുന്നതെല്ലാം ജീവൻ അർഹിക്കുന്ന ജീവന്റെ ഹിതമാണ് ദേവഹിതമല്ല ഈശ്വരൻ ജീവന്റെ ഹിതമായി സങ്കല്പിച്ചിരിക്കുന്ന എന്താണ് ആ ജീവന്റെ മോചനമാണ് സംസാരത്തിൽ നിന്നുള്ള മോചനം അതാണ് ദേവഹിതം ആ ദേവഹിതത്തെ പ്രാപിക്കത്തക്ക രീതിയിൽ ഈ ആയുസ് വിനിയോഗിക്കപ്പെടട്ടെ വിഷയമറ്റത്തിനും വേണ്ടി ഈ ആയുസ് ഈ ജീവനന്ദനത്തിനു വിനിയോഗിക്കരുത് എന്നാണ് ഇവിടെ ഋഷിയുടെ പ്രാർത്ഥന ഇപ്പൊ പരമമായ ഭദ്രം ഇവിടെ പറഞ്ഞു മോക്ഷം ജീവന്റെ നിസ്ത്രേയസം അതിനു വേണ്ടി മാത്രമായിരിക്കട്ടെ ഈ ആയുസ് മറ്റ് തുച്ഛമായ ലൌകികമായ വിഷയപ്രാപ്തികൾക്ക് വേണ്ടിയായിരിക്കരുത് ഈ ആയുസ് നിലനിൽക്കേണ്ടത് എന്നാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത് ഇതിലും ശ്രേഷ്ഠമായ ഒരു പ്രാർത്ഥന ഇതും ഇതെങ്ങനെയുള്ള പ്രാർത്ഥന പറഞ്ഞല്ലോ ഇത് സഹജമായ പ്രാർത്ഥനയാണ് കാരണം ഇവിടെ പറയുന്ന ഈ യാഗം എന്ന് പറയുന്നത് സഹജമായി നടക്കുന്ന വേദം പിടിച്ചു ചെയ്യുന്ന യാഗത്തെക്കുറിച്ചല്ല പറയും അങ്ങനെ നമുക്ക് വ്യാഖ്യാനിക്കാം പലതരത്തിലും വ്യാഖ്യാനിക്കാം അവനവന്റെ ഭാവനയും സങ്കല്പവും അനുസരിച്ച് ആധ്യാത്മികമായി ചിന്തിക്കുമ്പോൾ ഇവിടുത്തെ യാഗമെന്ന് പറയുന്നത് സഹജമായി നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഈശ്വരൻ നിശ്ചയമായി നടന്നുകൊണ്ടിരിക്കുകയാണ് എങ്ങനെ ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളിൽ പ്രവർത്തിക്കുന്നു അതിനെ സഹായിക്കുന്നതിന് അന്ധക്കരണവും അതിൻ്റെ വൃത്തികളും നിലനിൽക്കുന്നു ഇതെല്ലാം സഹജമായി നടക്കുക അതിനാണ് പറഞ്ഞ സ്ഥിരി തനോഭി ജീവൻ സദാ ഈശ്വരനെ സ്തുതിച്ചുകൊണ്ട് ജീവിക്കുന്നു എന്ന് പറയുന്നത് അത് സഹജമായിട്ടുള്ള ഒരു കാര്യമാണ് അതിനാണ് ഇവിടെ യാഗം എന്ന് പറയുന്നത് മറ്റൊരു സന്ദർഭത്തിൽ പറയും എന്താണോ ജീവന്റെ ഈ യാത്ര അല്ലെങ്കിൽ ജീവന്റെ ജീവിതം എന്ന് പറയുന്നത് സ്വാഭാവികമായും നമ്മൾ കൽപ്പിച്ചുകൂട്ടിയല്ല നമ്മൾ ശാസ്ത്രം പഠിപ്പിച്ചോ ഗുരുവിനെ പ്രാപിച്ചിട്ടോ ഒന്നുമല്ല സ്വാഭാവികമായി തന്നെ അത് ഈശ്വരപ്രാപ്തിക്ക് വേണ്ടിയുള്ളതാണ് അങ്ങനെ ബോധപൂർവം തിരിച്ചുവിടുന്നതിനാണ് ശാസ്ത്രവും പിന്നെ അതല്ലാതെ തന്നെ ഈശ്വരപ്രാപ്തിക്ക് വേണ്ടിയുള്ളതാണ് അത് സഹജമായി സ്വാഭാവികമായി ജീവന്റെ നിലനിൽപ്പും മുന്നോട്ടുള്ള ഈ ജീവിതവും അത് ഈശ്വരപ്രാപ്തിക്ക് വേണ്ടിയാണെങ്കിൽ തീർച്ചയായും ഈ പ്രാർത്ഥനയും സഹജമായിരിക്കും കല്പിച്ചു കൂട്ടിച്ചേരുന്ന പ്രാർത്ഥന അല്ല സഹജമായുള്ള പ്രാർത്ഥനയാണ് സ്വാഭാവികമായിട്ടുള്ള പ്രാർത്ഥനയാണ് ഇവിടെ പറയുന്നത് അത് ജീവനിൽ അങ്ങനെ തന്നെ സംഭവിക്കും ജീവൻ ആഗ്രഹിച്ചില്ലെങ്കിലും അങ്ങനെ തന്നെ സംഭവിക്കണം എന്താണോ വ്യായസ് ഈശ്വരഹിതത്തിനായി ആയിരിക്കണം അതങ്ങനെ തന്നെ ആയിത്തീരും അതാണ് ഇവിടെ ഋഷി പ്രാർത്ഥിക്കുന്നത് അങ്ങനെയായി തീരട്ടെ അങ്ങനെയായി തീർന്നുകൊണ്ടിരിക്കുന്നു അതിനു വേണ്ടി എല്ലാ ദേവന്മാരുടെയും എല്ലാ ഗുരുക്കന്മാരുടെയും എല്ലാ ഋഷിമാരുടെയും പരമാത്മാവിന്റെയും അനുഗ്രഹം ഉണ്ടാക്കണം അതിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി എല്ലാ തരത്തിലും ഉണ്ടായിരുന്നു ശരീരം നന്നാക്കാനും മനസ്സ് നന്നാക്കാനും ഇന്ദ്രിയങ്ങളെ നന്നാക്കാനും സർവത്തിന് എല്ലാത്തിന് അനുകൂലമായി വരണം അതാണ് നന്നാകാന്ന് പറയും എല്ലാം മോക്ഷപ്രാപ്തിക്ക് ഉപകരിക്കുന്നു അതിനു വേണ്ടിയിട്ടാണ് അടുത്ത് ഓരോ ദേവന്മാരുടെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് ഏതൊക്കെ ഈ ദേവന്മാർ ഇന്ദ്രനെക്കുറിച്ച് പറയുന്നു ഭൂഷാവിനെക്കുറിച്ച് പറയുന്നു കാക്ഷിനെക്കുറിച്ച് പറയുന്നു ബൃഹസ്പതിയെക്കുറിച്ച് പറയുന്നു ചില ജിജ്ഞാസുകൾ ചോദിക്കുക ഇവരുടെയൊക്കെ അഡ്രസ്സ് എന്താണ് ഇവരുടെയൊക്കെ വിശദവിവരം കിട്ടണം അതൊന്നും എനിക്കറിയത്തില്ല പക്ഷെ അതിനെ നമ്മൾ ശ്രുതിയുടെ തരത്തിൽ മനസ്സിലാക്കണം എന്താണോ ഏകം സത്യം വിപ്ര ബഹുദാ വടെ പറയും ശ്രുതി മന്ത്രത്തിൽ പറയും ഇന്ദ്രനെന്നും ചന്ദ്രനെന്നും പല പേരുകളിൽ പറയുന്നത് ഒരു പരമാത്മാവിന് തന്നെയാണ് അതുകൊണ്ട് ഇവിടെ പറയുന്ന ഇന്ദ്രന്മാരാണ് പൂഷാവാരാണ് അങ്ങനെയുള്ള ഗവേഷണം നടത്താൻ പോയിട്ട് കാര്യമൊന്നുമില്ല നടത്തണം എന്നുള്ള എനിക്ക് സമയമില്ല അപ്പോൾ ശ്രുതിയുടെ ആ താൽപര്യത്തിൽ നിന്നുകൊണ്ട് മനസ്സിലാക്കണം എന്നാണ് ഏകം ഈ പറയുന്ന പല പേരുകളിൽ പറയുന്നത് ഒരു പരമാത്മാവിനെ തന്നെയാണ് ഒരേ ഒരു പരമാത്മാവ് തന്നെ നാമരൂപാത്മകമായ ഈ നാനാവിധ പ്രപഞ്ചമായി അനന്തമായ പ്രപഞ്ചമായി നിൽക്കുമ്പോൾ അവരെ ഒരു പരമാത്മാവിനെ തന്നെ പല പേരിട്ട് വിളിക്കുന്നതിന് പ്രത്യേകിച്ച് ഗവേഷണം നൽകേണ്ട കാര്യമൊന്നുമില്ല അതുകൊണ്ടത് പറയുന്നത് എന്താണ് വൃദ്ധശ്രവാഹ ഇന്ദ്രഹസ്വസ്തി എന്നാണത് നമ്മള് പിരിച്ചു വായിക്കുമ്പോ നഹ ഞങ്ങൾക്ക് മംഗളമൊരുളട്ടെ വൃദ്ധശ്രവാഹ വിശ്രുതനായിരിക്കുന്ന ആ വിശ്രുതനായിരിക്കുന്ന ഇന്ദ്രൻ എന്ന് പറയുന്ന ഏത് ഇന്ദ്രനാണ് നമ്മുടെ സങ്കല്പം കൊണ്ട് നമ്മൾ ചെറുതാക്കുന്ന ഇന്ദ്രനുണ്ട് കീർത്തിമാനായിരിക്കുന്ന ഇന്ദ്രൻ ഈ പ്രപഞ്ചത്തിൽ കീർത്തിമാനായിരിക്കുന്നവരാരാണ് ഏറ്റവും വലിയ വിശ്വവിശ്രൻ വൃദ്ധശ്രവൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഏറ്റവും വലിയ കീർത്തികളും അതാരാ പരമാത്മാവ് തന്നെ പരമാത്മാവിനോളം കീർത്തി മറ്റാർക്കുമില്ല അതാണ് ഇന്ദ്രൻ എന്നുള്ള ശബ്ദം കൊണ്ട് പറയുന്നത് വൃദ്ധശർവനായിരിക്കുന്നവൻ ഇന്ദ്രൻ എന്ന പേരിൽ സ്തുതിക്കപ്പെടുന്ന ആ പരമാത്മാവ് ഞങ്ങൾക്ക് മംഗളം നൽകട്ടെ എല്ലാ അനുഗ്രഹങ്ങളെയും നൽകട്ടെ മോക്ഷമാർഗത്തിലേക്ക് നയിക്കട്ടെ ൂഷ വിനായിരിക്കുന്ന വിശ്വത്തെ അറിയുന്നവനായിരിക്കുന്നവൻ സർവജ്ഞനായിരിക്കുന്ന ആ പൂഷാന്ന് പേരുകൊണ്ട് സ്തുതിക്കപ്പെടുന്നവൻ ഊഷ എന്ന് പറഞ്ഞ ഏത് ദേവനാണ് മീമാംസി ചർച്ചി ഊഷ എന്ന് പറയുന്ന പല്ലില്ലാത്ത ദേവന്മാരാണ് അതന്നെ ഇവിടുത്തെ വിഷയം ഇവിടെ എന്താണ് പറയുന്നത് ഒരു വിശേഷം കൊടുത്തിട്ടുണ്ട് വിശ്വേദം വിശ്വത്തെ അറിയുന്നവൻ വിശ്വത്തെ അറിയുന്ന പൂഷാവാരാണ് മറ്റാർക്കറിയാൻ പറ്റും നമ്മൾ സാധാരണ രീതിയിൽ ധരിച്ചിരിക്കുന്ന ഇന്ദ്രനും ചന്ദ്രനും ഒന്നും അറിയാൻ പറ്റത്തില്ല ആ പരമാത്മാവിനെ അറിയാൻ പറ്റും സർവജ്ഞത പരമാത്മാവിന് മാത്രമേ ആ പരമാത്മാവും ഞങ്ങൾക്ക് ഈ മാർഗത്തിൽ മംഗളത്തെ നൽകട്ടെസ്വസ്ഥി സ്വസ്തി നഹസ്താക്ഷ്യു അരിഷ്ടനിമിഹി എല്ലാ അരിഷ്ടങ്ങളെയും വിഘ്നങ്ങളെയും നശിപ്പിക്കുന്നതിന് പ്രാപ്തനായിരിക്കുന്നത് സർവവിഘ്ന നിവാരകനായിരിക്കുന്നവരാണ് ആ പരമാത്മാവിനെ സാധ്യമാകും സർവശക്തനായ ഒരുവിന് മാത്രമേ ഈ ജീവന്റെ ആധ്യാത്മിക മാർഗത്തിലുള്ള സർവവിഘ്നങ്ങളുടെയും പൂർണ്ണ വിനാശം അത് വരുത്താൻ സാധ്യമാകും ഇപ്പോൾ താക്ഷൻ എന്ന് പറയുന്നാർ ആ പേരുകൊണ്ട് ശ്രുതിക്കപ്പെടുന്നതും ആ പരമാത്മാവെന്ന് ആ പരമാത്മാവ് ഇപ്പൊ പല രൂപത്തിൽ സർവജ്ഞനായിരുന്നു കൊണ്ടും വിശ്വവിശ്രുതനായിരുന്നു കൊണ്ടും സർവവിഘ്ന നിവാരകനായിരുന്നു കൊണ്ടും ആ പരമാത്മാവ് ഞങ്ങൾക്ക് മംഗളം അരളട്ടെ എന്നാലും മുന്നോട്ട് നീങ്ങാൻ കഴിയും ഈ ജീവിതയാഗം നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ ജീവന്മാർക്കും അതിൽ വിശേഷിച്ചും മോക്ഷകാംക്ഷികളായിരിക്കുന്നവർ അവരെ പ്രാർത്ഥിക്കുന്നവർ അവരെ ഈ മാർഗത്തിൽ നിന്നും വ്യതിചലിപ്പിക്കാത്ത എന്താണ് ബൃഹസ്പതി നഹ സ്വസ്ഥി ദർവരക്ഷകനായിരിക്കുന്നവൻ ബൃഹസ്പതി എന്ന് പറയുന്നത് സർവത്തിന്റെ രക്ഷകനായിരിക്കുന്നു അവൻ ഞങ്ങൾക്ക് സ്വസ്ഥിയും നൽകട്ടെ ആ പരമാത്മാവ് എന്ന് ഇതുപനിഷത്തിന്റെ ശാന്തി മന്ത്രമായി ഉപയോഗിക്കുന്നുണ്ട് കർമ്മപ്രകടനത്തിലല്ല ഇത് ഉപയോഗിക്കുന്നു അതുകൊണ്ട് ഇതിനെ ഒരു ജീവന്റെ സഹജമായ പ്രാർത്ഥനയെ മോക്ഷകാംക്ഷയായ ഒരു ജീവന്റെ അന്തരംഗപ്രാർത്ഥനയായിട്ട് ഇതിനെ നമ്മൾ മനസ്സിലാക്കണം ഇത് ആത്മവിചാരം അത് ഫലപ്രാപ്തിയിലെത്തുന്നതിന് മോക്ഷപ്രാപ്തിയിലെത്തിക്കുന്നതിന് പരമാത്മാനുഗ്രഹം അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയുണ്ട് ഇവിടെ ചർച്ച ചെയ്യുന്നത് നിർഗുണ ബ്രഹ്മത്തെക്കുറിച്ചാണ് യാതൊരു തരത്തിലുള്ള സന്ധ്യുമില്ല നിർഗുണ ബ്രഹ്മത്തെക്കുറിച്ചാണ് പറഞ്ഞത് അങ്ങനെ പ്രാർത്ഥിക്കുന്ന അങ്ങനെ നിർഗുണ ബ്രഹ്മത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നിടത്ത് പോലും ഭാഷകാരനും പ്രാർത്ഥിച്ചു അടുത്ത രണ്ട് ശ്ലോകങ്ങളുണ്ട് അവിടെ പ്രാർത്ഥന ആവശ്യമാണ് അവിടെ ആരോട് പ്രാർത്ഥിക്കുന്നു നിർഗുണ ബ്രഹ്മത്തോട് പ്രാർത്ഥിക്കുന്നു തുര്യനോട് പ്രാർത്ഥിക്കുകയാണ് ീയ എന്ന് പറഞ്ഞടുത്ത് പറയും പത്ത് നസ്തുയ അതുരീയൻ നിർഗുണബ്രഹ്മം നിർഗുണ ബ്രഹ്മത്തിനോട് പ്രാർത്ഥിച്ചാൽ അത് കേൾക്കുമ്പോൾ അതിന് ചെവിയുണ്ടോ അതിനനുഗ്രഹിക്കാൻ കഴിയുമോ അങ്ങനെയുള്ള കുതർക്കങ്ങളൊന്നും ചോദിക്കുന്നു അവിടെയും പ്രാർത്ഥന കൂടിയിരിക്കും അന്തരംഗ പ്രാർത്ഥന അതുകൂടിയിരിക്കും ആ ഒരു ഭാവത്തോണ് നമ്മള് ഈ ശാന്തി മന്ത്രത്തിൽ നിന്ന് ഉൾക്കൊള്ളേണ്ടത് നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു ഭാവമാണ് പഠിക്കേണ്ട കാര്യം വേണ്ട വിശേഷിച്ച് ഓം ഭദ്രം കർണ്ണേഭിസുനുയാമദേ ഭദ്രം പശ്യേമാക്ഷഭര യജത്രാഹ ുഷ്ടുവാം സ്വസ്ഥേമേതം യു സ്വോ പൂഷാ വിശ്വേദ സ്വസ്തിരിഷ്ടേമി ോ ബൃഹസ്പോ ഓം ശാന്തി അവസാനം ത്രിശാന്തി അത് ത്രിവിധ ദുഃഖ നിവൃത്തിക്ക് വേണ്ടിയാണ് അതന്നെ നമ്മളൊന്നും ചർച്ച ചെയ്തിട്ടുള്ളതാണ് അടുത്ത ഭാഷകാരൻ എന്റെ മംഗളാചരണമാണ് മംഗളാചരണ രൂപത്തിൽ രണ്ട് ശ്ലോകങ്ങൾ പറയുന്നുണ്ട് ആ ശ്ലോകങ്ങളിൽ ഈ മാണ്ഡൂത്യ ഉപനിഷത്തിന്റെ മുഴുവൻ സാരവും അതിൽ തന്നെ വന്നു കഴിഞ്ഞു പുനിഷത്തിന്റെ ആശയത്തെ സംഗ്രഹിച്ച് രണ്ട് ശ്ലോക രൂപത്തിൽ ആദ്യം എഴുതിയിരിക്കുകയാണ് വിശ്വാത്മാ വിധിതവിഷയാൻ ഭ്രശ്യ ഭോസ്തവിഷ്ടൻ സ്വമതി വിഭവാൻ ജ്യോതിഷന് സൂക്ഷമാൻ സർവാനേതാൻ പുനരവിശനൈ സ്വാത്മനി സർവാൻ വിശേഷാൻഗുണമായി ആരും അവസാന തുടങ്ങി എല്ലാവരും ഒരുമിച്ച് ഒരുകിയുടെ ശ്രമിക്കാം യോ വിശ്വാത്മാവിധി വിഷയാൻ പ്രശ്യഭോകൃഷ്ട പശ്ചാസ്ഥോതിഷാസിനു സൂക്ഷമാൻ സർവാൻതാ പുനരഭിശനൈ സ്വാത്മനിവാൻ ഗുണഗണ വളരെ മനോഹരമായ ഒരു ശ്ലോകമാണിത് നമുക്ക് മനോഹരമായി തോന്നിയെന്ന് എനിക്കറിയത്തില്ല എനിക്കങ്ങനെയാ തോന്നുന്നു അത് ശുദ്ധമായ അർത്ഥീതം ഇതിനകത്ത് വേറെ യാതൊരു കലർപ്പുമില്ല ദേവന്മാരോ ദേവതകളോ ഒന്നുമില്ല ഞാൻ പറഞ്ഞല്ലോ ഇതിനകത്ത് രജ്ജു സർപ്പം മാത്രമേ പ്രതീക്ഷിക്കാവൂ വേറൊന്നും പ്രതീക്ഷിക്കരു അത് ആ രീതിയിൽ പറയുകയാണ് ഇവിടെ അയ്യോ വിശ്വാത്മാ നമ്മളുമ്പ് മനസ്സിലാക്കിയിട്ടുള്ളതാണ് വിശ്വാത്മാവായിരിക്കുന്ന ഏതൊരുവനാണോ അസൗ തുര്യഹാതു എന്നാണ് വെച്ചാൽ വിശ്വൻ തൈജസൻ പ്രാജ്ഞന്റെ മൂന്ന് അവസ്ഥകളെ കുറിച്ച് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട് ജാഗ്രതെന്ന് വെച്ചാൽ ഉണർന്നിരുന്ന് ഈ പ്രപഞ്ചത്തോട് താതാത്മ്യപ്പെട്ട സ്ഥൂരപ്രപഞ്ചത്തോട് സദാത്മ്യപ്പെട്ട് ഈ വിഷയങ്ങളെ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവനെ വിശ്വൻ എന്ന് വിളിക്കുന്നു ശ്രുതി വിളിക്കുന്നു ആ അവൻ്റെ ആ പ്രവൃത്തി കൊണ്ട് ആ ജീവന് വിശ്വൻ എന്ന് പറയുന്നു അതേ ജീവൻ തന്നെ സ്വപ്നത്തിൽ മനോമയങ്ങളായ വിഷയങ്ങളെ അനുഭവിച്ച് കൊണ്ടിരിക്കുമ്പോൾ അവന് ുന്നു അതേ ജീവൻ തന്നെ സർവബന്ധവിമുക്തനായി ഈ തരണങ്ങളെല്ലാം അതാത് കാരണങ്ങളിൽ വിനയിച്ച് ആനന്ദഭുക്കായി ഇരിക്കുമ്പോൾ അവന് പ്രാജ്ഞനെന്ന് പറയും ഇനി സർവോപാധിരഹിതനായി ഇങ്ങനെയൊന്നും അവനെക്കുറിച്ച് ചിന്തിക്കാതെ വിശ്വനായി കൽപ്പിക്കാതെ ജീവന്റെ കൽപ്പനയാണ് താൻ തന്നെ കൽപ്പിക്കുന്നതാണ് തൻ്റെ തന്നെ ഭിന്നഭാവങ്ങളെക്കുറിച്ച് സ്വയം അങ്ങനെ കൽപ്പിക്കാതെ വിശ്വനായി കൽപ്പിക്കാതെ തേജസ്സനായി കൽപ്പിക്കാതെ പ്രാജ്ഞനായി കൽപ്പിക്കാതെ ഇതിനെല്ലാം ആധാരമായിരിക്കുമ്പോൾ അവനെ തുര്യൻ എന്ന് പറയും അടുത്ത് പറയുമ്പോൾ നമ്മൾ സാധാരണ ഭാഷയിൽ നാലാമത്തേതെന്നാണ് എന്റെ അർത്ഥം പിന്നെ വ്യാകരണത്തിൽ പൂർണ്ണ പ്രത്യാന്തം എന്ന് പറയും പ്രഥമ ഒന്നാമത്തവൻ ദ്വിതീയ രണ്ടാമത്തവൻ തൃതീയ മൂന്നാമത്തവൻ ചതുർത്ഥ നാലാമത്തവൻ അതിന് പകരമാണ് പറയുന്നത് തുര്യ ചതുർത്ഥ ശബ്ദത്തിന് പകരുപയോഗിക്കുന്ന ഒന്നാണ് തുരീയ ശബ്ദം അത് വ്യാകരണത്തിൻ്റെ അർത്ഥം അല്ലെങ്കിൽ ഭാഷയിൽ പ്രയോഗിക്കുന്ന അർത്ഥം അതാണ് നാലാമത്തത് ഇവിടെ അർത്ഥമെന്താ അടുത്തു പറയും എന്താണ് പൂർണ്ണപ്രത്യം അങ്ങനെ തുരീയൻ എന്ന് ഉപയോഗിച്ചിരിക്കുന്നതുകൊണ്ട് നാലാമത്തവനെന്ന് നമ്മൾ സാധാരണ പറയുന്ന അർത്ഥം ധരിക്കരുത് അബദ്ധമാവും അതുകൊണ്ട് പറഞ്ഞു എന്താണ് മായാസംഖ്യ അടുത്ത് പറയും കാരണം സംഖ്യയെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് സംഖ്യയിലുള്ള ഒരു സത്യത്വ ബോധം വരും ഒന്ന് എന്ന് പറയുന്ന ഒരു സംഖ്യ അതിനൊരു നിലനിൽപ്പ് നമ്മുടെ മനസ്സിലുണ്ട് അങ്ങനെ നമ്മുടെ മനസ്സിൽ നിൽക്കുന്ന നിലനിൽക്കുന്ന സംഖ്യയിലൂടെ തുര്യ ശബ്ദത്തെയും അർത്ഥത്തെയും ധരിക്കരുത് അത് മായാസംഖ്യയാണ് സംഖ്യമായിട്ടതിനവിടെ യാതൊരു ബന്ധമില്ല നാലാമത്തവൻ എന്നുള്ള വാച്യാർത്ഥത്തിന് ധരിക്കരുത് എന്തുകൊണ്ട് അവൻ തന്നെയാണ് ഒന്നാമത്തവനും അവൻ തന്നെയാണ് രണ്ടാമത്തവനും മൂന്നാമത്തവനും അവൻ തന്നെയാണ് നാലാമത്തവനും ഇവിടെ നാലാമത്തവൻ എന്ന് പറഞ്ഞാ അവൻ ഒന്നാമത്തവൻ തന്നെ വിശ്വന് തന്നെ തൈജസൻ തന്നെ പ്രാജ്ഞൻ തന്നെ ഇവിടെ തുരിയൽ ഇവിടെ വിശ്വനിൽ നിന്നും തൈജസ്നിൽ നിന്നും പ്രാജ്ഞനില് നിന്നും ഭിന്നനായ ഒരുവന പറയുന്നത് വിശ്വ തൈജസ് പ്രാജ്ഞനെന്ന ഭാവത്തിൽ നിൽക്കുന്ന ഏകനെന്ന് കാണിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആരോപിതങ്ങളായിരിക്കുന്ന അദ്വൈതത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ആരോപിതങ്ങളായിരിക്കുന്ന ഈ ഭാവങ്ങൾക്കെല്ലാം ആധാരമായിരിക്കുന്നവൻ അപ്പം അവനെ നമുക്ക് സാധാരണ രീതിയിൽ നാലാമത്തവൻ എന്നിങ്ങനെ പറയാൻ പറ്റും പറ്റത്തില്ല സർവാധാരമായിരിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ തുര്യൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ആ തുര്യൻ അതാരാണ് ആ തുര്യൻ തന്റെ തന്നെ യഥാർത്ഥ സ്വരൂപമാണ് ശ്രവിക്കുന്നവന്റെ ചിന്തിക്കുന്നവന്റെ യഥാർത്ഥമായ സ്വരൂപമാണ് അത് തന്നെ നിന്ന് അന്യമായ ഒന്നല്ല തന്റെ വാസ്തവ സ്വരൂപമാണ് അത് തന്നെ രക്ഷിക്കട്ടെ എന്നാണ് അതിനെങ്ങനെ തന്നെ രക്ഷിക്കാൻ പറ്റും തനിക്കെങ്ങനെ തന്നെ രക്ഷിക്കാൻ പറ്റും അതിവിടെ പറയുമതാണ് മായയാ ഇതെല്ലാം ആ തുരിയിൽ നിന്നെ മായകൊണ്ട് ചെയ്യുന്നതാണ് ഇതെല്ലാം വിശ്വസ്തൈശ്വപ്രാജ്ഞഭാവങ്ങളെല്ലാം സ്വന്തം മായകൊണ്ട് സൃഷ്ടിക്കുന്നതാണ് അങ്ങനെ മായകൊണ്ട് സൃഷ്ടിക്കുന്ന അവൻ എന്നോട് പ്രാർത്ഥിക്കുന്നതും അവൻ അനുഗ്രഹിക്കുന്നതും എല്ലാം ആ മായാശക്തിയിലൂടെയാണ് എന്തുകൊണ്ട് പരമാർത്ഥത്തിൽ അവൻ നിർഗുണനാണ് പരമാർത്ഥത്തിന് നിർഗുണനായിരിക്കുന്നതിനോട് പ്രാർത്ഥിക്കാനും അനുഗ്രഹിക്കുന്നതിനുമെല്ലാം തന്റെ മായാശക്തിയിലൂടെ എല്ലാം സംഭവിക്കുന്നു അതാവശ്യമാണ് അതുകൊണ്ടിവിടെ പറയും മായ ഭോജയൻ എന്ന് പറയും അങ്ങനെയുള്ള തുരിയൻ രക്ഷിക്കട്ടെ അവൻ എങ്ങനെയിരിക്കുന്നു തുടങ്ങുന്ന എങ്ങനെയാണ് വിശ്വാത്മാ വിശ്വാത്മാവായിരിക്കുന്നു വിശ്വഭാവത്തിലിരിക്കുന്നു ജാഗ്രതത്തിലിരുന്നു എന്നർച്ചിരി ശ്ലോകങ്ങളുണ്ട് ഞാനും ശ്രദ്ധിച്ചില്ല നിങ്ങൾ ശ്രദ്ധിച്ചില്ല നിങ്ങളെക്കാളും മുന്യുമണ്ടം ഞാൻ എന്നെക്കാളും മന്യുമണ്ടന്മാരും നിങ്ങൾ ഒരു ശ്ലോകം കൂടി അവിടെയുണ്ട് രണ്ടാമത്തെ ശ്ലോകത്തിലേക്കാണ് പോയത് കുഴപ്പത്തിൻ്റെ രണ്ടും ഒന്നു തന്നെ രണ്ടിനും ഒരു കാര്യം തന്നെ എന്തായാലും ഇതങ്ങ് തീർക്കാം വിശ്വാത്മാവീശ്വാത്മാവായിരിക്കുന്നവൻ മറ്റേ ശ്ലോകത്തിനും അത് തന്നെ ഇതേ കാര്യം തന്നെ പറയുന്നു അതിന്റെ ആ മൂന്നവസ്ഥയെക്കുറിച്ച് പറയുകയാണ് വിശ്വാത്മാവായിരിക്കുന്നവൻ വൻ വിഷയാൻ പ്രാശ്യ ജാഗ്രത്തിലിരുന്നോണ്ട് അവൻ എന്താണ് ചെയ്യുന്നത് ഇവിടെ പറയുന്നു പറയുമ്പോൾ സുഖദുഃഖങ്ങളെ ധർമാധർമ്മ രൂപത്തിലുള്ള സുഖദുഃഖങ്ങളെ അനുഭവിക്കുന്നു ജാഗ്രത്തിലിരുന്നുകൊണ്ട് ഭോഗാൻ ഭവിഷ്ടാൻ സ്ഥൂലങ്ങളായ ഭോഗങ്ങളെ അനുഭവിക്കുന്നു ഇതെല്ലാം നമ്മൾ പല സന്ദർഭങ്ങളിലും വിശദമായി ചർച്ച ചെയ്തിട്ടുള്ളതാണ് അനുഭവത്തെക്കുറിച്ചും സുഖദുഃഖങ്ങളെക്കുറിച്ചും ധർമാധർമ്മങ്ങളെക്കുറിച്ചും അതുകൊണ്ട് ഇനി വീണ്ടും അതിനെ ആവർത്തിക്കുന്നില്ല ഇപ്പോൾ ജാഗ്രതയിലിരുന്ന് സുഖദുഃഖ രൂപത്തിലുള്ള വിഷയങ്ങളെ അനുഭവിച്ചിട്ട് പശ്ചാത്ത അത് കഴിഞ്ഞിട്ട് അന്യാൻ സ്വമതിപ്രഭ വിഭവാൻ സ്വപ്നത്തിൽ തൈജസ്സനായിരുന്നു സ്വമതി വിഭവാൻ സ്വമതി വിഭവങ്ങൾ കണ്ട് തന്നെ മനോമയങ്ങളായ വിഭവങ്ങളാണ് ബുദ്ധിയുടെ വിഭവങ്ങളാണ് നാനാതരത്തിലുള്ള വിഷയങ്ങളെ അതനുഭവിക്കുന്നു പ്രാച്യ എങ്ങനെ സേന ജ്യോതിഷ ആ വിഷയങ്ങളെങ്ങനെ സൂക്ഷ്മൻ വിഷയം സൂക്ഷ്മ വിഷയങ്ങളെ ജാഗ്രത സ്ഥൂല വിഷയങ്ങളെ അനുഭവിക്കുന്നു സ്വപ്നത്തിൽ സൂക്ഷ്മ വിഷയങ്ങളെ അനുഭവിക്കുന്നു സ്വതേജസ് അനുഭവിക്കുന്നു അവിടെ മറ്റൊന്നുമില്ല ജ്യോതിഷ സേന തന്റെ ജ്യോതിസ് കൊണ്ട് അനുഭവിക്കുന്നു എന്നു പറഞ്ഞാൽ എന്താണ് ഇതിനെ അനുഭവിക്കുന്നതിന് ബാഹ്യ ജ്യോതിസഹായമുണ്ട് സ്ഥൂലപ്രകാശത്തിന്റെ സഹായമുണ്ട് ഉള്ളിൽ ആത്മപ്രകാശം മാത്രമേ ഉണ്ട് സർവാനേതാൻ പുനരഭിശനീസ്വാത്മനി സ്ഥാപയിക്കുക സർവത്തെയും പുനരഭി സുഷുതിയിൽ ജാഗ്രതയും സ്വപ്നത്തെയും രണ്ടിനെയും സ്വാത്മനി സ്ഥാപനം വെച്ചാൽ പതുക്കെ അനായാസമായി നടത്തുന്നു അനായാസമായി തന്നെ തന്നെ സ്ഥാപിക്കുന്നു നടത്തുന്നു എന്ന് വെച്ചാൽ ജാഗ്രതയിൽ നിന്നും സ്വപ്നത്തിൽ നിന്നും ആ സുഷുപ്തിയിലേക്ക് അവൻ കടക്കുന്നത് സ്വയം തന്നെ അറിയുന്നില്ല അതാണ് ശനിയെന്ന് പറഞ്ഞത് അതിനവൻ ആയാസത്തിൻ്റെ ആവശ്യം സുഷുപ്തിയിലേക്ക് പോകാതിരിക്കുന്നതിന് ആയാസമാണ് ഉറക്കം വരാതിരുന്നതിന് അത് ആയാസമാണ് പക്ഷെ പോകുന്നത് ഏറ്റവും ആയാസരഹിതമായ കാര്യമാണ് കാരണം അവിടെ യത്നത്തിൻ്റെ ആവശ്യമില്ല അറിയുന്നില്ല പ്രവർത്തിക്കുന്നില്ല സഹജമായി നടത്തും അങ്ങനെ സഹജമായി ഇതിനെല്ലാം തന്നിൽ തന്നെ സ്ഥാപയിത്തു അവലയിപ്പിച്ചതെല്ലാം എവിടെ പോകുന്നു ഉണർന്നിരുന്ന് അനുഭവിക്കുന്ന ഈ സ്ഥൂലങ്ങളായിരിക്കുന്ന ഈ കോലാഹലങ്ങളും സ്വപ്നത്തിൽ ഉണ്ടായിരുന്ന അസൂക്ഷ്മമായ വിഷയങ്ങളുമെല്ലാം എവിടേക്ക് പോയി ഈ സ്വാത്മനി തന്നിൽ തന്നെ പോയിട്ട് സ്ഥാപയിത്വ സർവാൻ വിശേഷാൻ സർവവിഷയങ്ങളെയും ഉപേക്ഷിച്ചിട്ട് എന്തൊക്കെ വിഷയങ്ങളെക്കുറിച്ച് അവൻ സങ്കല്പിച്ചോ അനുഭവിച്ചോ സ്ഥൂതവും സൂക്ഷ്മവും കാരണമോ എന്തു പറഞ്ഞാലും എല്ലാം വികത ഗുണഗണ നിർഗുണൻ അതാണ് വികത ഗുണഗണൻ ആയിരിക്കുന്ന തുര്യഹ അസുതുര്യഹപാദു ആ എന്റെ സ്വരൂപമായി തന്നെ ഇരിക്കുന്ന ആ തുര്യൻ ഞങ്ങളെ രക്ഷിക്കട്ടെ എന്നാണ് അപ്പൊ ജാഗ്രസ്വപ്ന സുഷുപ്തികളിൽ ഈ നാനാ വിധത്തിലുള്ള പ്രപഞ്ചാനുഭവങ്ങളെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നവനായ ആ തുര്യൻ ജാഗ്രതസ്വപ്നു സുഷുപ്തികളിൽ സ്ഥിതിചെയ്യുന്നവനായിട്ടാണ് ഇവിടെ തുര്യനെ പറയുന്നത് ആ തുര്യൻ ഞങ്ങളെ രക്ഷിക്കട്ടെ എന്ന് എന്നാൽ ആ സ്വപ്ന സുഷുക്തികളോട് ബന്ധമില്ലാത്തവനായിരിക്കുന്നു അതുകൊണ്ട് അവനെ തുര്യൻ എന്ന് വിളിച്ചു ജാഗ്രതനോട് തുര്യന് ബന്ധം വരുമ്പോൾ അവനെന്തു പറയും വിശ്വനെന്ന് പറയും സ്വപ്നത്തിനോട് ബന്ധം വന്നാൽ അവനെ തൈജസൻ എന്നു പറയും സുഷുക്തിയോട് ബന്ധം വന്നു കഴിഞ്ഞാൽ അവനെ പ്രാജ്ഞനെന്ന് പറയും എങ്ങനെ ബന്ധം വരും ഇവിടെ പറയും മായാബന്ധം ബന്ധമില്ലാതിരുന്നുകഴിഞ്ഞാലോ അവൻ തന്നെ തുര്യൻ ജാഗ്രത്തിനും സ്വപ്നത്തിനും സുഹൃത്തിയിലും അതിനാധാരമായി സ്ഥിതി ചെയ്യുന്നു അങ്ങനെയുള്ള ആ തുരിയും ഞങ്ങളെ രക്ഷിക്കട്ടെ എന്നാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത് ഇതേ ആശയത്തിൽ തന്നെ വരുന്നതാണ് അതിന് മുമ്പുള്ള പ്രാർത്ഥന भुक्त्वा, വ്യാപ്യലോ कामजन्यान, പുനരവിധൂഷണോ ഭാസിതാൻ കാമജനിയൻ പീവാ സർവാൻ വിശേഷാൻ സ്വവിധിമധുരഭു മയയാ ഭോജയെന്നോ മയാ സീയം പരമ അമൃതമജം ബ്രഹ്മ എത്തന്നോസ് ഓരോരുമായിട്ട് ഞാൻ വായിക്കും പ്രജ്നം ശുപ്രതനിഗരമ്യർ വ്യപ്യലോ ഭുക്ധ്യൂഷണോദ്സിതാൻ കാമജനിയൻ പീവാ സർവാൻവിശേഷാൻ ശുഭിതി മധുരഭുങ് മായോജയോ മായാസ്യായം പരമാമൃതമജം ബ്രഹ്മയത്തന്നോസ് ഇത് വായിക്കുന്ന കേട്ടിട്ട് നിങ്ങളുടെ പുസ്തകത്തിൽ ഇങ്ങനെയല്ല എഴുതിയിരിക്കുന്ന തോന്നുന്നുണ്ട് ഇങ്ങനല്ല എഴുതിയിരിക്കുന്നത് ഞാനിത് ഓരോ പാദമായിട്ട് പിരിച്ചാ വായിച്ചത് എന്നിട്ടും വലിയ പ്രയാസമാണ് ഇതും വളരെ മനോഹരമായ ശ്ലോകമാണ് ഇതാണ് ഒന്നാമത്തെ ശ്ലോകം ഞാൻ ആവേശം കൊണ്ട് രണ്ടാമത്തേക്കും കടന്നുപോയി രണ്ടും ഒന്ന് തന്നെ കുഴപ്പമില്ല സ്ഥിരത സ്ഥിരവും ചരവുമായ ഈ പ്രപഞ്ചസമൂഹം സ്ഥിരം എന്ന് പറഞ്ഞാൽ സ്ഥിരമായ വസ്തുക്കൾ പൃഥ്വിയും മറ്റും ചരവെന്ന് വെച്ചാൽ ചരിക്കുന്നവ ചരാചരങ്ങളെന്ന് സാധാരണ പറയൂ മനുഷ്യരും മറ്റും അതിന്റെ സമൂഹത്തെ വ്യാപിച്ചിരിക്കുന്ന പ്രജ്ഞാനാംശ പ്രധാന എന്നിട്ട് ഈ പ്രപഞ്ചത്തെ ആകമാനം ആശകലം വ്യാപിച്ചിരിക്കുന്ന പ്രജ്ഞാനാംശുക്കൾ ജീവകിരണങ്ങൾ വ്യാപകമായ ജീവകിരണങ്ങൾ എന്നുവെച്ചാൽ അനന്തമായ ജീവകിരണങ്ങൾ കൊണ്ട് ഈ ചരാചരങ്ങൾ വ്യാപിച്ചിരിക്കുന്നു പരമാത്മാവിനെ സൂര്യനോട് ഉപമിക്കുകയും ജീവന്മാരെ അതിന്റെ കിരണങ്ങളോട് കുമിക്കുകയും ചെയ്യുന്നത് സർവസാധാരണയാണ് ആധ്യാത്മിക ശാസ്ത്രം അതാണ് ഇവിടെ പറയുന്നത് ആ പരമാത്മ സൂര്യന്റെ കിരണങ്ങളാൽ ഈ ചരാചര പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നു എന്ന് ചുരുക്കം അങ്ങനെയുള്ള സ്വകിരണങ്ങളെക്കൊണ്ട് ജീവരൂപത്തിലുള്ള ആ കിരണങ്ങളെക്കൊണ്ട് ആ ചൈതന്യാംശങ്ങളെക്കൊണ്ട് െ കുറിച്ച് പറയു ലോകത്ത് മുഴുവൻ വ്യാപിച്ചിട്ട് എന്ത് ചെയ്യുന്നു നേരത്തെ മുമ്പ് പറഞ്ഞതുപോലെ പറയണം അത് കുറച്ചുകൂടി സ്പഷ്ടമാണ് സ്ഥിഷ്ഠാൻ ഭോഗാൻ ഭുക്ത സ്ഥൂലമായ വിഷയങ്ങളെ അനുഭവിച്ചിട്ട് നേരത്തെ പറഞ്ഞല്ലോ അവിടെ ശ്ലോകത്തിൽ എന്താണ് വിശ്വാത്മാ എന്ന് പറഞ്ഞു അതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് അവിടെ വിശ്വൻ തൈസൻ പ്രാചീൻ എന്ന് പ്രത്യേകം പറഞ്ഞെങ്കിൽ ഇവിടെ അങ്ങനെ പേരെടുത്ത് പറയാതെ പറയുകയാണ് അതാണ് ഭുക്വാ ഭോഗാൻ സ്ഥൂലമായ വിഷയങ്ങളെ അനുഭവിച്ചിട്ട് അത് അവിടെ എങ്ങനെ പറഞ്ഞു ഇവിടെ എങ്ങനെ പറഞ്ഞു ഭുക്വാൻ വ്യത്യാസം എല്ലാം ഉണ്ടാ അതുകൊണ്ടാണ് ഞാനത് ആദ്യം വായിച്ചത് അബദ്ധത്തിൽ പോയല്ല രണ്ടും ഒരേ ആശയം തന്നെ പറയുന്നു അടുത്ത ശ്ലോകത്തിൽ അത് കുറച്ചുകൂടെ വ്യക്തമാണ് പ്രാജ്ഞൻ തൈജസൻ വിശ്വനൻ നിങ്ങനെ അവിടെ വേർതിരിച്ച് പറയുന്നുണ്ട് പുനരവിഷണോ സ്വപ്നത്തെ കുറിച്ച് പറയും അടുത്ത ശ്ലോകത്തിന് എന്ത് പറഞ്ഞു ജ്യോതിഷ സേന സൂക്ഷ്മിഭവാൻ ഇവിടെ എന്താണ് പറയുന്നത് അവിടെ എന്താണ് പറഞ്ഞു പ്രാശ്യ ഇവിടെ ഭുക്വാ പീത്വ എന്ന് പറയും രണ്ടും കാര്യമാണ് പറയുന്നത് രണ്ടും താരതമ്യം ചെയ്ത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ചുകൂടി എളുപ്പമായതുകൊണ്ട് അടുത്തത് ആദ്യം വായിച്ചത് ദിഷണോദ്ഭാസിതാൻ കാമജന്യാൻ ദിഷണോഭാസിതാൻ ബുദ്ധി ദിഷണെന്ന് അതിന്റെ ഉദ്ഭാസിതാൻ ആ ബുദ്ധി സൃഷ്ടിച്ചത് അന്ധകരണം തന്നെ സൃഷ്ടിച്ചത് അതിനവിടെയെന്ന് പറഞ്ഞു സ്വമതിവിഭവാനെന്ന് പറഞ്ഞു സ്വബുദ്ധിയുടെ വിഭവങ്ങളാണ് അതിന് ഇവിടെ ദിഷണ ഉദ്ഭാസിതാണെന്ന് പറഞ്ഞു സ്വപ്നം എന്ന് എന്താണ് ബുദ്ധി കല്പനയാണ് കാമജന്യാൻ കാമജന്യങ്ങളാണ് വിഷയങ്ങളെല്ലാം വാസനാജന്യങ്ങളെന്നും പറയും ആനന്ദഗിരി വ്യാഖ്യാനിക്കും വാസനാജന്യങ്ങളായ വിഷയങ്ങളല്ല അതിനനുഭവിച്ചിട്ട് സ്വപ്നത്തിൽ രണ്ടു ഒന്നായി സർവാൻ വിശേഷാൻ പീത്വ സർവവിശേഷങ്ങളെയും പീത്വാ എന്ന് വെച്ചാൽ വാക്യാർത്ഥം കുടിച്ചിട്ടെന്നാണ് പക്ഷേ അതിൻ്റെ അർത്ഥം അതല്ല സർവാൻ ഏതാൻ പുനരഭിശനൈ സ്വാത്മനി സ്ഥാപയിത്വ അതാണ് സർവവിഷയങ്ങളെയും തന്നിൽ തന്നെ വിലയിപ്പിച്ചിട്ട് അതാണ് ഇവിടെ പിത്തുവെന്ന് പറഞ്ഞു അതിവിടെ സർവാൻവിശേഷാണെന്ന് പറഞ്ഞു എന്നിട്ട് എന്ത് ചെയ്യുന്നു സ്വപിതി മധുരഭു മധുരഭുക്കായി ആനന്ദഭുക്ക എന്നടുത്ത് ശ്രുതി പറയും അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് മധുരഭുക് മധുരഭുക്കായി ആനന്ദത്തെ അനുഭവിക്കുന്നവനായി സ്വപിതി ഉറങ്ങുന്നു ഇതെല്ലാം മായയാൻ ഈ കോലാഹലങ്ങളെല്ലാം മായകൊണ്ട് അനുഭവിപ്പിക്കുന്നവൻ ഏത് ജാഗ്രത സ്വപ്നം സുതൃപ്തി ഇതെല്ലാം എങ്ങനെ അനുഭവിക്കുന്നു മായകൊണ്ട് ഭോജയൻ നഹ എന്നെ അനുഭവിപ്പിക്കുന്നവൻ അതാരാണ് കുര്യൻ കുര്യൻ എന്ന് പറയുമ്പോൾ ബാക്കിയാർത്ഥം നാലാമത്തവൻ എന്നുള്ള അർത്ഥം എടുക്കരുത് മായാസംഖ്യ ഇവിടെ തുര്യ ശബ്ദത്തിൽ സംഖ്യാർത്ഥം വരുന്നുണ്ട് പക്ഷെ അത് മായയാണ് അത് വാസ്തവമല്ല അതിന് സംഖ്യാർത്ഥം നിങ്ങൾ എടുക്കരുത് നാലാമത്തവണെന്നുള്ള അർത്ഥം എടുക്കരുത് മായാസംഖ്യൻ എന്നാണ് ആ നിർഗുണഭാവത്തെ ബോധിപ്പിക്കുന്നതിന് വേണ്ടി മാത്രം ഇവിടെ തുരീയ ശബ്ദം ഉപയോഗിച്ചതാണ് ഒരിക്കലും നാലാമത്തവനെന്നുള്ള അർത്ഥമെടുക്കരുത് അത് ജാഗ്രതത്തിനും സ്വപ്നത്തിനും സുഷ്ടീനുമെല്ലാം സർവ്വാധാരമായി നിലനിൽക്കുന്നവനാണ് ചിലർ പറയുന്നതാണ് ജാഗ്രതത്തിലില്ലാത്തത് സ്വപ്നത്തിലില്ലാത്തത് സുഷ്ടാത്ത ഒന്നാണ് തുരിയെന്ന് ധരിക്കും അങ്ങനെയല്ല അത് ഒരിടത്തും ഒരു കാലത്തും ഒരു ദേശത്തും ഇല്ലാത്തവനല്ല ഏത് കാലത്തിനും ഏത് ദേശത്തിലും അവൻ മാത്രമേ അതാണ് തുര്യൻ അങ്ങനെയുള്ള ആ തുര്യൻ മയാസംഖ്യ തുരിയൻ അതാണ് അതാണ് പരമം അതാണ് അമൃതം അതാണ് അജം അത് തന്നെയാണ് ബ്രഹ്മം ജീവാത്മ പരമാത്മ ഏകത്വത്തെ പറയും അത് വ്യത്വ അതിന് നത്വസ്മി അതിന് ഞാൻ നമസ്കരിക്കുന്നു പത്വസുനസ്തുയ ആ തുര്യൻ ഞങ്ങളെ രക്ഷിക്കട്ടെ അപ്പോൾ പരമാത്മാവിനെ നിർഗുണഭാവത്തിൽ അവതരിപ്പിച്ചുകൊണ്ട് അതിനെ സ്തുതിക്കുന്നു അല്ലെങ്കിൽ പരമാത്മാവിന്റെ പരമാ പാരമാർത്ഥിക ഭാവത്തെ ബോധിപ്പിച്ചുകൊണ്ട് അതിനോട് പ്രാർത്ഥിക്കുന്നു അപ്പോൾ പ്രാർത്ഥനയ്ക്ക് ഇതൊന്നും തടസ്സമല്ല എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കുന്നു അത് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ സാധാരണ ധരിച്ചു വച്ചിരിക്കുന്നത് നമ്മൾക്ക് പരസ്പരം അങ്ങോട്ടും വിരോധം ഉള്ളതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വിരോധമുള്ളതുപോലെ ഈ നിർഗുണബ്രഹ്മവും സഗുണബ്രഹ്മവും വെച്ചാൽ രണ്ട് പരസ്പര വിരോധമുള്ള പരമശത്രുക്കളാണെന്നാണ് നമ്മൾ തിരിച്ചിരിക്കുന്നത് അങ്ങനെയല്ല ആധ്യാത്മിക ശാസ്ത്രത്തിൽ ഇവർ ശത്രുക്കളല്ല നിർഗുണബ്രഹ്മവും സഗുണബ്രഹ്മവും പറയുന്ന ശത്രുക്കളല്ല അവര് തമ്മിൽ വിരോധമൊന്നുമില്ല ഒന്നു തന്നെയാണ് രണ്ടായിട്ട് നിൽക്കുന്നത് അതുകൊണ്ട് ആ നിർഗുണ ബ്രഹ്മം അതിനെ തന്നെ പരമമായി ബോധിപ്പിച്ചുകൊണ്ട് അതിനോട് പ്രാർത്ഥിക്കാം ആ പ്രാർത്ഥനയിൽ യാതൊരു യുക്തി വൈരുദ്ധ്യമോ തത്വ വൈരുദ്ധ്യമോ ഇല്ല അതും ഈ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കണം ഇനി രണ്ട് ചിലവുകൾ ഞാനൊന്ന് വായിക്കാം പ്രജ്ഞാനാം സ്ഥിരജരനിരകാപി പേർ भुत्वा कामजन्यान, ഭൂറ്റോസ് പുനരവിധൂഷണോദ്സിതാൻ കാമജനീ സർവാൻവിശേഷ യാഖ്യീയം പരമ അമൃതമജം ബ്രഹ്മയത്തോ വിശ്വാത്മാജവിഷയാൻ ബ്രാശ്യഭോഗസ്ഥാൻ പശാശ്ചാന്യൻ സ്വമതി വിഭവാൻ ജ്യോതിഷന് സൂക്ഷ്മൻ സർവാൻ പുനരവിശനൈ സ്വാത്മനി സ്ഥാപി ചിത്ര സർവാൻ विगद വിഗദഗുണഗണ പാത്വസൗ നുരീയ അത് അടുത്ത ദിവസം വരുമ്പോൾ ഇത് വായിക്കാൻ പഠിച്ചുകൊണ്ട് വരണം ഞാൻ എഴുന്നേറ്റം നിർത്തി വായിപ്പിക്കും മോശമാവരുത് э-э, с-э, его, ну, ну,